അപ്പൊ റാംബായ് ഊച്ച കുറ്റക്കാരനാകും നേരത്തെ അസ്കാമം ഇല്ലപ്പോ ഷാംബെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കല്പനപ്പെട്ടതാണ് ഓരോ മുക്കല്ലത്തിന്റെ പേരും അൽമുക്കല്ലെ പേരാ എല്ലാ മുക്കല്ലപ്പിന്റെ പേര് അലിഫിലാമിന്റെ അലിഫിലാമിൻ്റെ എല്ല പിന്നെ മീനിലും വാജിഭാഗുന്നു എന്ത് മാരീഫത്തും അലിയും അലിയായ അമ്മാഹുലിനെ പറ്റിയുള്ള മാലീഫത്ത് വാജിമാകുന്നു അലിയെന്ന് പറഞ്ഞാൽ ഉന്നതസ്ഥാനമുള്ളവൻ എന്നാണല്ലോ അത് സ്ഥലം എന്നുള്ള നേരത്തുള്ള സ്ഥാനല്ല മാനവീയായ സ്ഥലം ഇപ്പൊ ഇവിടെ ഇതും ഇതിന് അങ്ങനെ അത് മക്കളെ കൊണ്ടുള്ള സ്ഥലമല്ല ആ സ്ഥാനം ഒന്നാ അതോടെ പ്രയരി പറയുന്നു എന്ന് പറഞ്ഞാൽ മുതാഫ് മുനാഫ് തടയപ്പെട്ടു ഏതാ മുതാഫ് ബുജൂബ് എന്നുള്ള മുതാഫ് കടഞ്ഞു മുനാഫുൻ ജിഹി ഏതാ പിന്നെ എന്നറിയുമ്പോ മക്കുത്തലക്കാ വാജിബൻ ആ ബുജൂബാണ് മക്കൾ മുത്തലത്തിന്റെ സ്ഥാനം ചെറു ആ മജുറൂറായ ചെറിയ സ്ഥാനം നിർത്തുമ്പോഴ് മാറി അപ്പോൾ ഈ മുതാഫിന് ആകുന്ന ചെറിയ ഗരീമത്ത് മൺസൂബുൻ അത് മൺസൂബാണ് അതാ അത് മല മൊക്കല് മുത്തലക്കാ അല്ല അത് ഈ ബുജൂബ് എന്നുള്ള മൊക്കല് മുത്തലേക്കയു ആ ബുജൂബ് എന്നുള്ള ചെറാൻ്റെ എടുത്തു വെച്ചു അപ്പൊ മക്കല മുത്തലേക്കിന് കൊടുക്കുന്ന നെസബ് തിരിഞ്ഞു കിട്ടി എന്നുണ്ടാകുന്നു എങ്ങനത്തെ മുത്തപ്പാലിന് ചിറങ്ങിന് അതാണ് ആ ചിറങ്ങിലേക്ക് ലാഫിന്റെ ഭാഗ്യമാണ് ം കിട്ടില്ല അപ്പൊരി ആളാരാണോ ഓറെ മക്കളിൽ നമുക്ക് അന്നഹു യജിബു ബൻ അന്നഹു എന്ന് പറഞ്ഞത് അമ്മാനപ്പറ്റിയാരി എന്നതാണ് ഇപ്പൊ അഞ്ഞിടത്തോളം വന്നത് ശരയാജൂബിന്റെ പ്രത്യേക എന്താ ഒച്ചപ്പുറ്റക്കാരനാകും മാറ്റത്തിലാക്കൾക്കെതിരെ മാറ്റത്തിലാക്കൾ എന്താ പറയുന്നു അൽഖന ഇന്ന വാരിപ്പത്തുള്ള ഇത്തരവാദിപത്തും ില്ല ജമുജാമീനില്ല അക്കളിൽ അക്കല്യാണി മാസം അതിന് പലുണ്ടോ പൊതുതിയറി അതായത് അച്ഛൻ ഈ ആയ കബീ അക്കലായ ഹെത്തൻ എന്ന് പറഞ്ഞു അപ്പൊ അക്കലിൽ നിങ്ങൾ നോക്കാൻ പോലെ ഇത് കബീനാണോ ഹെത്തനാണോന്ന് കുട്ടിയെ ഞാൻ ഒരു വിലയിരുത്തുക അപ്പൊ കബീനാണെന്ന് വെച്ചു നല്ലതാണെന്ന് പറഞ്ഞു ചെയ്യണ്ടാന്ന് പറയുന്നു അപ്പോ ഇവന്റെ റസാക്കും ഇവന്റെ ഭാര്യയും ഇവന്റെ എല്ലാം എല്ലാമായ അള്ളപ്പറ്റി അറിയരുത് അറിയാനും മോശമല്ലേ അച്ഛനു പറഞ്ഞിങ്ങനെയല്ലേ അപ്പലിയായ സദ്യയാണ് ഏത് അറിയാൻ ഞാൻ മോശം അപ്പൊ അറിയാൻ എന്തായി അച്ഛനായി അങ്ങനെയാണ് അങ്ങനെ വേണ്ട വാദ്യമില്ല അയൽ മുക്കല്ലി എന്ന് പറഞ്ഞാൽ മടങ്ങുന്ന ആ തക്കലിക്കുമാണ് മുക്കല്ലപ്പ് എല്ലാവർക്കും വാദ്യം ഇൻസുലിൻജിന്നിനും കംപ്ലീറ്റ് ഓരോ അപ്രാദിനും പിന്നെ എന്ന് പറഞ്ഞതിൽ നിന്നൊരു അസ്ത്ര കിട്ടിയിട്ടുണ്ട് തക്കിലി അല്ലേ ല്ലേ വേണ്ടത് പ്രയാസമുള്ള കാര്യത്തിനെ നിർബന്ധിച്ച് നിർബന്ധിപ്പിക്കൽ എന്നാണേത് തക്ലീഫിന്റെ വായന തക്ലീഫിന് എന്ത് വായന ഉണ്ട് കേടൽ എന്നാണോ അല്ല നിർബന്ധിക്കൽ എന്നാണോ ഇൽ എന്ന് പറയുമ്പോണ്ടാവിപേ കൊണ്ട തകലീഫ് ഉണ്ടാവുള്ളൂ അതല്ലേ സമ്മർദ്ദമുള്ളൂ മറ്റേ കിയാറോടെ കിട്ടാമല്ലോ അതുപോലെ സംബന്ധിച്ചും എടുക്കാൻ എടുക്കാതിരിക്കാൻ രണ്ടിന് കി ആറുണ്ടല്ലേ വരിക ചെയ്താണല്ലോ മുൻകൂക്കുന്നതിനുള്ളൂ രണ്ടാമത്തെ താരീഫുള്ളത് സ്ഥലത്ത് മാറ്റി സ്വത്തും പ്രയാസമുള്ള കാര്യങ്ങൾ സ്ഥലഭ് ചെയ്യുന്നത് നിർബന്ധിക്കുന്നില്ല പ്രാവശ്യപ്പെടരുത് കൊൽപ്പത്തുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടില്ല തകരീഫ് അമ്മ തകരീഫിൽ മന്തോബി വൽ മക്കുറോഹി മന്തോബ് ചെയ്യണമെന്നും മക്കറോ ഒഴിവാക്കണമെന്നും അയൽ എല്ലാത്തിനും തരുക അത് ചെയ്യലില്ല മന്തോബ് ചെയ്യലുകൊണ്ടും മക്കുറോ ഒഴിവാക്കല് കൊണ്ടും തകരീഫ് ഉണ്ടാവൂല അയൽ അമല പ്രധാനം എന്തുകൊണ്ട് കൊൽപ്പത്തുള്ള കാര്യം നിർബന്ധിക്കണ്ടാവുന്നേ ഇൽ വാജിബിനെ ഉള്ളു കറാവിനെ ഒഴിവാക്കലും വാജിപ് അപ്പൊ വാജിബിനും വാജിബിനെടുക്കാനും ഹറാമിനെ ഒഴിവാക്കാനേ എഴുതാം ഉണ്ടാവുള്ളൂ തുന്നത്തിനും മക്കറൂഹിനെന്തില്ല അക്കലീ ഫില്ലാണെന്ന് അവരനു തിരിച്ചു വരിക അല്ലെ അവരാണ് അസനീ അതാ തനിയും അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തേക്ക് തീരയാക്കിയത് താനിക്ക് മാറ്റം ഇല്ലേ താനിയിലെന്തണ്ട് തലവിലെന്ത് എല്ലുണ്ടല്ലോ സുന്നത്ത് ചെയ്യവേ ക ഒഴിവാക്കവേ തലവെല്ലാത്തിലുണ്ടല്ലോ أحسنًا MUBAHismus. مباه لي قلبوا إلا حتى الإلزاموا إلا حتى. أب اللي عندك أولوا بلاكار مباهيون من لكن لا تحترم إلا إلا مولانة؟ إلا الوجوم إلا الله. صلباً ل perlu. utiliz وجإفتهم chop cuts للحياة طلبه عندنا جاهزين هنا ضوجه جاثمي اليك聽ات من المجموعة. ജാതിമാർ എന്ന അവസരത്തിൽ വാജിപായി ഡ്രൈവജാതിമാർ ഉത്തരം പൈ തെലബണ്ണല്ലേ വന തക്ലീഫിൽ മൊബൈൽ കൊണ്ട് തക്ലീഫ് ഉണ്ടാവുക എത്തിപ്പാക്ക് രണ്ട് പോലെ പ്രകാരവും രണ്ടിലൊന്നില്ല ഒന്നാമത്തെ പ്രകാരം ഇൽസാം രണ്ടാമത്തെ പ്രകാരം തെളിവില്ല മൊബൈൽ ചെയ്യുമ്പോൾ തെളിവില്ലല്ല തെലബില്ലെങ്കിൽ പിന്നെ എൽസാം ഒട്ടൂല എവിടീ മുക്കല്ലപ്പു എന്ന് പറഞ്ഞ പോലെ ആരാണ് അത് അൽ ബാധ്യത കൊല്ലിലും ആക്കിലും ബാധ്യതയായ വ്യക്തി പക്ഷെ ഒരു കയ്യിലും കൂടി അല്ലതേ ബലഹത്ത് കൊല്ലത്വവും അമ്പിയാക്കരുടെ അരങ്കിരുടെയും ഒരു ദേവത്ത് ഓടിക്കെത്താം ഇന്നലെ വീണ്ടും കളിക്കില്ല ദേവത്താകാ ോക്കോ വാജിബൊൻ ഈ വാജിബൊൻ എന്ന് പറഞ്ഞു മാലിപ്പത്തുള്ളായി എന്നല്ലേ ചുമലോപ്പിച്ചത് ഏതാ മൂക്താ അതിന് അല്ല അല്ല വാജിബുൻ എന്നത് ഹബറ മുഖദ്ദമാണ് മോഹരാക്കരാണ് നല്ലത് അഭിപുനം അപ്പന്തരിപ്പത്തുള്ള അലാകുല്ലി മുഖല്ലിൻ എന്ന് പറഞ്ഞു മാലിക്കായി കൊണ്ടല്ല മുത്തുറഞ്ഞല്ലോ വാജിബുൻ എന്ന് പറയുമ്പോ മുഖത്തതിയാക്കുമ്പോ മുഖത്തായി ചേരാൻ പാടില്ലേ ചില ചട്ടം ഒട്ടങ്ങിനെ വെച്ചുള്ളൂ ആ ചർത്തയുടെ ഒട്ടെന്ന് വരണ്ടിരിക്കും മുഖത്തതിയാകണമെങ്കിൽ എന്താ ചെറുത്ത് അത് മാരിക്ക് അയക്കണം നെക്കിരയാകാൻ പാടില്ല അപ്പൊ അത് മുബത്തതയാക്കിയിട്ട് വാജിബ് എന്നുള്ള അതിനെ വാജിബ് ഞറാബാക്കലും മുഖത്തട മുത്ത വാജിബാകുന്നതിനോട് മുബുത്തട അപ്പൊ ഖബറോ വ മാരിപ്പത്തു അതിനുള്ള ചേച്ചി മാരിപ്പത്ത് അതിനെ പിടിച്ചിട്ട് എന്താക്കണം പാരി അത് പായലാണ് ഇതിന്റെ പായല് മാലിപ്പത്ത് വാജിബാണ് വാലിപ്പത്ത് വാജിബിന്റെ പായലായി ആ പായിലിനെ പിടിച്ചിട്ട് എന്താക്കണം ശബ്ദ മതബ്ദര് സ്ഥാനത്താടക്ക് ഇങ്ങനെ കുറിച്ച് കെടിയുണ്ട് അതാണ് മൊബർ അത് രണ്ടാം തരയാക്കിയത് ഇങ്ങനെ അത് ഒപ്പിക്കാം നല്ലതിങ്ങനെയാണ് പക്ഷേ മസത്തിൽ ഖബറത്തിൽ ഒരു വേറെ മധുഹമു സ്വീകരിക്കണം എന്നായിരുന്നു അല മധുഹി മല വിസ്തരിട്ടു ഏറ്റുമാതൽ വസ്തി എന്തിനും വസ്തുവിന് ഏറ്റുമുറാ അത് രേഖകൾ വന്നു കിട്ടുന്നു ഇത് അക്കാമയുക്കിയുമല്ലേ അപ്പൊ അതേ സ്ഥാനത്ത് മുക്കാമിക്കേണ്ടി അമ്മ അമ്മായി യാണെങ്കിൽ പഴുക്കാലും മക്കാമെന്ന് വായിക്കേണ്ടി ഇവിടെ പറഞ്ഞു തന്നത് മുളാഫു മുളാബിനെ നൃത്തപ്പെട്ട് ഉഖീമാക്കാമീക علا انه مفعول مطلق مطلق مطلق على ذو بشره اننا بقله متلقى ويسي شو ذكر ان انه ابدا قد تشل ويسيح ان يكون منصوبا نلطميز اذا شرعا انو قلنا هذا تثبت ان التمييز يثبتكا اذ صحيحا كانه يرا بين وجهه اذني اي من ذي شرعي சர عندنا தெற்கூறிய ஆயா வாஜிபு ஏதैन வலாயத்து ஷூனத்து போரான ஜில் காஃபி ந ஜில் காஃபி நிரூட்ட தஸ்பீர்ண்டல்ல வாஜிபம் திஸ்ரஹின ஆலோர்க்கடி தீனே கரெண்டா காண்போரோ நம்ம வேறナルப்பு கரெண்ட வாஜிரே 11 க்கு போர்க்கது அது അത് കുടുംബം പറയുന്നൊരു ഉരുട്ടുമറോട്ടിയാണ് എന്നോ ടമായി അത് കേട്ട് കളി മാത്രം ആണതിന് ചെലതില്ലാണോ നമുക്ക് കൊടുത്തറിയാം ഞാൻ മധുര മസുമാക്കി മറിക്കൽ കാരണില്ല അത് ടമാക്കാം അത് ശരിയാവൂല പിന്നെ തെരവിൽ കൊടുക്കണം എന്നാ പറയുന്നത് ാണ് നർത്തം വെക്കുന്നത് എന്ന് പറഞ്ഞി നർത്തം വെക്കണം ആരാണ് വൽമുറാബി ബിരിദ്ദേശം അന്നാഹുവാകുന്നു അതീഖ് അന്നാഹുമാണ് അസൈക്കത്തൻ അത് ജവഹർത്തിനും പറഞ്ഞതു മതങ്ങളും അള്ളാഹുന്റെ കല്പന പ്രകാരം കണ്ടത് അപ്പൊ നമ്മളെ ഇതൊക്കെ ഒരിക്കലും ശാരീരത്വില്ല സ്ത്രീയാക്കൾക്ക് മാറ്റം വകും ഈ താതിക്ക ഈ വിഷയത്തിൽ മറ്റു സ്ത്രീയാക്കൾ രണ്ട് പാർട്ടിക്കാരുണ്ട് ചെറുക്കത്തും ഒരു പാർട്ടി തത്തോട് പറയുന്നു വാരിപ്പത്തുള്ള വാജിപത്തും അക്കനി അന്നാരി അഖന കൊണ്ടാണ് വാജിഭാകുന്നത് അപ്പൊ മൂർത്തലീകൾ എന്തിനു അച്ഛനോട് വാജിപായ പുറത്തലികൾ കൊണ്ടാലോന്നല്ലേ ാക്കിയത് കൊണ്ടാണ് അച് ചക്രി വളരാൻ വേണ്ടിയിട്ടാണ് അതാ അതെങ്ങനെ അച്ചലി കിട്ടിയതിന്റെ ചക്രി കൂട്ടാനും വരുന്നത് മൃസരികള് വരുന്നതാണ് അല്ലെങ്കിൽ അകത്താവുന്നല്ലേ വാസ്താക്കോ നിക്കോട്ടോ ഫാസര്യങ്ങളാ അമ്മിയ മസ്തീങ്ങള് വെറും വാക്കിലായി കൊടുക്കുമ്പോ വർക്ക് തബലീഗിന്റെ കൽപ്പന പലരിലും കോട്ടം തരുമല്ല അമ്മിയാക്കളെ ശരിയായ ഫൈതല് ഉണ്ടാവുന്നുണ്ടല്ലോ രണ്ടാമത്തൊരു ചുരക്കത്തിൽ തോറു പറയുന്ന ലാജഹട്ടാതിർമ്മത്തിരി മുഴുവനാവശ്യം തന്നെ ഇല്ലെന്നോ അപ്പൊ ഒരു കിടക്കെടുത്തു കളയാന്നാം അപ്പൊ അറുനാഴ്ച എന്തിനാ അപ്പൊ പൈർത്താദേഹം മാബത്തു ഓടാഴത്തേ ആകത്താ കണിന്ത മായും അപ്പൊ അറുനാത്ത പോയതൊക്കെ തന്നെയാണ് മഹാബുദായി കുഫാവും ഇവർക്ക് ഉപ്പാരി തന്നെ സക്കളൈനീനുള്ള എന്താ സുമ്മൂ പിതാലിക്കൽ ഇവർക്ക് സെക്കലൈനിന്ന് പേര് വന്നില്ലേ നമ്മൾ ഭൂമിക്ക് കനാക്കുന്ന ഐശ്വണ് പണ്ട് പോകുന്നത് നപ്പുറാർക്കുന്നു എല്ലാവം അത് സുമ്മൂ പിതാലിക്ക സക്കള ഹിൻസുക്കൾക്കും ജനുകൾക്കും സക്കളൈനിന്ന് പേര് വന്നതിൽ പലതരത്തിലുള്ള തക്രീഫാത്തുകളൊക്കെ ഉണ്ട് ഓർക്ക് പാട ചുമത്തപ്പെടുന്നുണ്ട് എന്നതാണ് എന്റെ കാണാൻ പറഞ്ഞത് അപ്പൊ ഇസ്മ അക്കോലിന്റെ വയനാട്ട് വഴിയായിരുന്നു ആ മുസ്കരൂനർന്ന അല്ലെങ്കിൽ ഭൂമിക്കൂർ കനമാക്കുന്ന കൂട്ടറാണത് അല്ലേ അപ്പൊ ഒന്നാമത്തെ പ്രകാരം അക് ഇസ്മക്കൈല്ലേ ആസ്മഫായിരുന്നു മുസ്കിരൂനല്ലർന്ന ഭൂമിക്ക് കനം കൊടുക്കുന്ന കൂട്ടർ എന്ന് പറയുമ്പോ അപ്പൊ ആദ്യത്തെ അല്ലേ യുസ് കനൂന ഓർത്തിനാക്കപ്പെടുന്നുണ്ട് അപ്പൊ കെത്തനുണ്ടാക്കി മുസ്കല്ലായനാക്കായി അല്ലെങ്കിൽ ഭൂമിക്ക് കനമാക്കുന്ന വഴി അപ്പൊ മുസ്കീലിന്റെ ആയനാക്കായി അപ്പൊ ഇസ്മഫ് ഏത് പ്രകാരം യുസ് കനോന പിത്തക്കാലിക്ക് പ്രകാരം اولس لبار ايدن مثقلون الارض ولا ينكر قردا سوパイ निजाम هو حطت عمرك ما ترى المكلفين اللي انا بقولونها ما ملكه ولا الملائكه تو قد هي سو مكلفين بالمعرفه ما عرفتون انا مكلفين الانا انتوند اذا هي ضروري توفي حقهم മാനിഫസ്റ്റിൽ അവരെ അക്കം ദറൂരിയാണ് ദറൂരിയായ കാര്യം കൊണ്ട് തക്ലീഫ് ഉണ്ടാവുകയില്ലല്ല ഏറെ കണ്ണത്തി ശ്വാസോ ശ്വാസം പോലെയാണ് ഇൽദാം മാൽപത്തുൻ എന്ന് പറഞ്ഞില്ലേ കൊൽപ്പത്തുള്ള കാര്യത്തിന് ഇൽതാ മാം തെറുപ്പും രണ്ടും കൂട്ടണം ഷേര് മാത്രമാക്കിയാലേണ്ടാവും മാറ്റി തന്നെ കൂടെ ഉള്ളൂ തെർക്കിനെയും പിടിക്കണം തെർക്ക് പൊടിക്കുമ്പോൾ എന്താ ഹെറാമിനെ വർജിക്കൽ ഇല്ലാമാക്കിയിട്ടുണ്ട് അതാണ് സീലൻ കൽ വാജ്പി ഔ തർക്കൻ കൽ ഹറാമി ഇനി രണ്ടാമത്തെ കീല പ്രകാരം തലബ് മാറ്റി ഈ കൊൽപ്പത്തിൽ നിന്ന് ആ അതും അവിടെ കൊടുക്കണത് ഔ തെർക്കൻ അതാ ജാതിമൻ ഔരാൻ ആ പേരും തെറക്കും തലബുന്നുണ്ടല്ലോ അത് ജാതിമായ തിരക്കല്ല വൈദ്യുതി ജാതിമാൻ തിരക്കാളില്ലാന്ന് അപ്പൊ തലബും ജാതി തലബും റൈവ് ജാതി മന്ദൂബും തറക്കും ജാതിമായാലോ ആമും തിറക്കും റൈവ് ജാതിമായ കറാഹസ് മുമ്പായി രണ്ടിലും വിടുന്നില്ല നേരത്തെ പറഞ്ഞല്ലോ വന തക്കലീഫമിൽ മന്ദൂബ് വൽമക്കു റോഹി അതുകൊണ്ട് തക്കലീഫിന്റെ ഒന്നാം കോല അനുസരിച്ച് രണ്ടാം കോലയനുസരിച്ച് മത്തുലോബി തീരുന്നുണ്ട് മത്തുലോബി രണ്ടും മത്തുലോബാണെങ്കിലും അതല്ലം പൈറുമുക്കല്ല വയറുമുക്കല്ല സബീനോട് ഇരു സമില്ല താനി പ്രകാരം തലവുണ്ടല്ല ഏഴാഴ്ച അവനോട് തലവ് ചെയ്യണം പണ്ടില്ലേ സബീനോളിച്ചിരിക്കാൻ പറ്റില്ലേ ഇപ്പൊ അപ്പോൾ രണ്ടാം ഘോളമൊരു കാരണം तलब ഉള്ളതുകൊണ്ട് സബീ മുഖല്ലഫാണ്. വിഖ്ലാഫ് ഇതായി. അപ്പോൾ ഉമാമൻ സലവറുള്ളവാണ്. ആദിമാം ഫസ तलब ഉത്ര കയിലിശ്ചന. അസ്സാം ബില്ലാഹ്. അലൈഹി റബ്ബീ കിനല്ലാഹി റബ്ബീ. വർദിരിക്കാനി ഉം ബന്താ അൻദ. കോവൽ മസറഹു മുഖല്ലഫം ബിഹി മാന സരി മുഖല്ലഫം ബിഹി മൈ മസലമാണ്ടോ. അലൈ അതനുസരിച്ച് മുക്കല്ല മുക്കല്ലപ്പുമാണ് ആ കൗലണ്ടോ താരിഫിൻ മുക്കല്ലഫി മുക്കല്ലഫിനെയുള്ള താരിഫോ ലാക്കിലും ഭാഗ്യം പോകുന്നു അത് കോല പ്രകാരം വെച്ചുള്ളു ഒന്നാം കോല പ്രകാരം നടക്കുകയുള്ളൂ തരിഫോ വൻമുക്കല്ലി ബലഹത്വും ദേവത്വവും ഉള്ള താരീഫ് ഒന്നാം കോലി പ്രകാരം അടക്കുള്ളൂ തക്കരീഫിന്റെ ഒന്നാം കോലിൽ രണ്ടാണോ വർദ്ധ അതിനു ചെറ്റി അടുക്കുള്ളൂ നോക്കട സബി സബി മുക്കല്ല പോണല്ലോ രണ്ടാംകോലി അപ്പൊ അക്കലും മുരൂമ്പ് കണ്ടാലാവിലൂ اما قوله في تعريف المكلف البالغ العاقل نقول برضي ما قال <سؤال> القول البرضي قلنا قول البرضا لا ترى اذا قلنا هو مل الزام ما فيه قل فطن ان لله ورده ادله صحيح مبل برضي ادل تشريش تبي مكلف لا بل بالغ نقول ليلكن او تعريف المكلف الكامل الكامله المكلفه تعريف المكلف താഴെ പ്രകാരം സബിജ് മുക്കല്ലഫാണ് മുക്കല്ലാമ നിങ്ങൾ ആക്കൽ ബാലിഫോന്ന് കൈകൊടുക്കുന്ന കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെ എന്തോ കാർ കളി കഴിഞ്ഞു വൻ മുക്കല്ലി താരി ഇൻസ്റ്റകളിൽ പെട്ട മുക്കല്ലെ താരിഫാണ് ഏത് ബാലിഹുൽ ഉള്ളത് വേറെ മറച്ചു അമ്മൽ ജിന്നോ പാവം മുക്കല്ലപ്പൂനമിൻ നെയ്നിളക്കൽ കെത്തി പറക്കപ്പെടുന്ന അവസാനം തന്നൂർ മുക്കല്ലപ്പീൻ അതാകും അപ്പല്ല മുക്കല്ലൂർ ജിന്നെ ടീച്ചർണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഏത് വേണ്ട ബാധ്യത കയ്യില വേണ്ട അന്യർക്കും കയ്യിലാന്നല്ലായിരുന്നു نعلم بالغوا ما نے کہا نا ورنا ام سميع فليت مكلفن سبي مكلفن سبي مكلفن نا نرمے بو بڑا پرشنڈ سبی اسلام ایاں پریونی کویل لیو سبی جرمت صاحب جل اسلام لیکو نورے کوئی مسلم ائے سبی نا پریونی کویل لیو مالک مغور وار پریونی کو نا അവ മുക്കല്ലാത്തവന്റെ പണിയെന്നെ പരിഗണിച്ചു അതുപോലെ സബിത്ത കരണ്ടായും ചെയ്യുന്നവർ അവ തക്ലീഫില്ലാത്ത പരിഗണന ഒന്നൂന്ന് ഇന്നരിദ്ദ ഇസ്ലാമഹ മാലിക്യതഹ പ്രകാരം സബി മുർത്തായാലും സബി ഇസ്ലാമായാലും മാട്ടപറാണെന്നാ പറയുന്നു ആ അതിന്റെ മാതൃകമൊക്കെ ഇപ്പൊ എന്തുവന്ന് കൊണ്ടട്ടണി പിൻദോ അതേ സ്വത്രല്ല ബോണട് പ്രമാമാരിസ്തിറാത്ത്ൻ ബോളിോഗിയാ കബോളോ ആൾ ശർതക തനി വാങ്ങില്ലല്ലോ എ ഉജീബ ബിയന്ന ഐതിമാറു ഇദ്ദതിഹി വ ഇസ്ലാമി ബിന്നവ ഹിജ്റാഇൽ ഹകാമി ദുൻനിയതി ദുൻനിയവിയായ ഹകാമ നടപ്പിലാക്കാനേക്ക് ചേർത്തിട്ടാണ് അവൻ ഇദ്ദത്തും ഇസ്ലാമും ബരിയോണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തമീ മുസ്ലിം ആയ മുസ്ലിമായി കണക്കാക്കുമെന്ന് പറഞ്ഞ ദുൻനിയവിയായ ഹകാമ നടപ്പാ നടക്കത്തിന അല്ല ചെറില്ല മുസ്ലിം ആയി കണക്കാക്കിയോ ഇല്ലയോ എന്നല്ല ചർച്ച മുസ്ലിം മീനെ കൂട്ടത്തിൽ നായോ അതുപോലെ മുർത്തദ്യാർത്തത്തിനോട് പെരുമാറുന്ന പെരുമാറ്റം പെരുമാറോ ഇല്ലയോ എന്നതിലേക്കാണ് വേണ്ടി ഞാൻ കണ്ണി ആ തടസ്സിയിൽ ഈ അവനെ കുളിപ്പിക്കുന്നതുപോലെ അവസ്ലിം ആയിക്കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കണം അതുപോലെ മുസ്ലിം മീനുകളെ മൊക്കാപ്പിൽ കൊണ്ടുപോയി മറമാറണം മുർത്തദ്യാളിപ്പിക്കുകയും ചെയ്യുക അഥവാ അക്ബീനുമായ സ്ഥലാത്യി വഴി എത്തി അതുപോലെ അനന്തരം കൊടുത്തലി വനഹീലാലിക്ക് ദുഞ്ഞവിയായ അക്കാമ ഭാഗ്യം നടത്തുന്നത് ഈ അക്കാമിന്റെ വിഷയത്തിൽ ഓന ഇതിർത്ത് വന്ന മുട്ടത്തായിട്ടും ഇസ്ലാമായ ഇസ്ലാമായിട്ടും നടക്കാക്കുന്നുള്ള വയനാക് പിന്നെ അല്ല ഈ ബലവത്തു ദാത്തു ദേവത്തെത്തിയ ആള് ആ മൂന്നാമത്തെ കയ്യിൽ എത്താത്തൊരു മനുഷ്യനാണെങ്കിൽ പഴൈച്ച മുക്കല്ലു അപ്പൊ അതിൽ നിന്ന് പിടിക്കപ്പെട്ടു അന്നഅരൽ പത്രത്തി പത്രത്തിന്റെ ഹരികാലൻ ആ ജൂന അവരാണ് പത്രത്തു പറഞ്ഞാ രന്റെ അഭിമാനം വരാത്ത ആ ഒഴിഞ്ഞ സമയം പത്രത്ത് പഴയത്തിനുണ്ടല്ലേ നബി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അടുത്ത നബി വരെയുള്ള ഇടവണക്കെന്ന് പറയും പത്രയും അത് കാലം അടക്കില്ലോ ചെറിയ ചെറിയ കാലം കൊണ്ട് എന്റെ ബുദ്ധിമുട്ടി ഓരോ നബിമാറിഞ്ഞാൽ വരാം രണ്ടാമത്തെ പത്രത്തിണ്ട് ഈസ നബി അലഹിസ്ലാമിന്റെയും നബി സന്നാൽ അലി വസ്സല്ല മദാരുടെ ഇടയിലുള്ള കാലത്തിന്റെ പത്രത്തിന്റെ കാലത്ത് പറയും അറിയപ്പെത്തിരണ്ടി അറുന്നോളം പല്ലുണ്ടാവും അഞ്ഞൂറ്റി അറുപത്തൊന്നിനല്ലേ തങ്ങൾ പുറത്തിച്ചത് അപ്പൊ അതിന്റെ നാൽപ്പത് വയസ്സൂടെ കൂട്ടുപത്തിനായി അറുനൂറ്റി പത്ത് അറുന്നൂറ്റി പതിനൊന്ന് കുട്ടിക്കോ അറുനൂറ്റി പതിനൊന്ന് വല്ലാണ്ട് മൊന്നാമത്തന് പത്രത്തിണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ അലി ഇസ്സലാണല്ലോ അവിടെ വന്ന് അറിയപ്പെട്ട എനിമാർത്തലികളിൽ പത്രം ഇസ്മായിൽ അലിഹിസ്ലാമിന് ശേഷം നമ്മള് നബീന്റെ ഇടയിൽ മുർഖീലോ നബിമാറോ ഉണ്ടായിരുന്നോ എന്നാപ്പുണ്ട് നബീല മുർഖരാച്ചറപ്പെട്ടവണ ഇസ്മാൽ അലി ഇസ്ലാം ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ശേഷം ഇസ്മായിൽ അലി ഇസ്ലാമന്റെ അവരുടെ നാട് ഓറസൂരാണല്ലോ ഇസ്മായിൽ അലി ഇസ്ലാമിന് ശേഷം പിന്നെ ഓസൂരായി എന്ന് നബീസ്മ അലി വസ്ല്ല തങ്ങളാണോ അടക്ക് നബിമാർ ഉണ്ടായിരുന്നോ താങ്കൾ പോകാറ ചില വിമാനമായി തരാൻ പോയി ഇസ്മാൻ അലി ഇസ്ലാം മുതലെ അബ്ദുള്ള കുട്ടിച്ചാലും ബേർപോട്ടുകൾ കണ്ണിയില്ലല്ലോ ഈ കണ്ണി ചിലരെ ഉണ്ടായിരുന്നു എന്ന ചിലപ്പോ വന്നിട്ടുണ്ട് ചേർത്തലുണ്ട് പക്ഷെ മൊട്ടമാക്കുന്നില്ല ഉണ്ടെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനിടയിൽ പത്രദൂഷണം ചില മസൂർ അനുസരിച്ച് ഇസ്മാൻ അലി ഇസ്ലാമിന്റെയും നമ്മള് രമീസുള്ള ആ ഒരു ദിവസം നമ്മളിടയിൽ ഉണ്ടോ അച്ച രണ്ടായിരത്തിന്റെ വരെ വരും രണ്ടായിരത്തി അഞ്ച് മുഴുവൻ കഴിഞ്ഞു ഞങ്ങളുടെ കുട്ടിയും കുട്ടി ആ രണ്ടായിരത്തി അഞ്ച് മുഴുവൻ കഴിഞ്ഞ ചില്ലറ വരുന്നു അത് റഫിന്റെയും റഫികളുണ്ട് ഇസ്മലിസ്ലാമിന്റെ കാലത്തിന്റെയും ഇന്നാളെ കാലത്തിന്റെ ഇത്ര കൊല്ലവും നടക്കുവരുന്നുണ്ട് നമ്മത്രയും പത്രത്തു വരും ഈ പത്രത്തിന്റെ കാലത്തിൽ അവർക്ക് ദേവത്തെത്തുന്നില്ല അന്ന് ചോദിക്കാൻ മുമ്പുള്ള നവിയുടെ ദേവത്തുണ്ടാവുകയാണ് അതൊന്നും ഇക്കാലത്തില്ലല്ലോ അത് അത്ര ആന്മാട്ട് നമ്മളെ നബീസുള്ള ദേവത്തിന്റെ മാതിരി ഉസൂനവും പൊറോ അതിന്റെ എല്ലാ ഇത് ഹാദാത്തുകളും എല്ലാം തയ്യാറാകുക അതുപോലെ കിട്ടാബൽ പേട്ടിയായി അതീശ പ്രോണീകരിക്കപ്പെട്ട രീതിയിൽ സത്യമാകുന്ന ഒരു ദേവാലില്ലല്ലോ അവരാണെന്നവലുംയ്യറു അതുമ്പുള്ള കിതാബുകളുണ്ടല്ലോ അതിനവർ ഭേദഗതിയാക്കിയാലും ശരി ഭക്തരും അതെ വയ്യറും ബദ്ലീസം തന്നെ വയ്യറു ബദ്ധരോ പിള്ളേനെ ആദ്യം വച്ചി എന്നിട്ടോ അതിന് പകരം മറ്റൊന്നിനോറ് ആ പ്രതീക്ഷിക്കലാണ് ഭദരുണ്ടാവില്ല नहीं। नहीं। െ കോല മാറ്റിയാൽ മത്സരിച്ച് പകുതി അതാണ് അറങ്ങിരുന്നു പത്തൊൻ അന്നെണ്ണം പറയാൻ കാരണം ഇത് മാറ്റിയാ ഇതിന് പകരം പോകുന്നു നോക്കുക ചിലന്നെ പറ്റെടുത്ത എന്നാലും പറയാറങ്ങി എന്നുണ്ട് നമ്മൾ അതാ പടുക്കുന്നവരല്ല വരെ അല്ലെങ്കിൽ ഓർക്ക് പറഞ്ഞേക്കണ്ട നമുക്കാരു അറിയായിച്ചതും നമുക്കാലും മതത്തില്ല അതുകൊണ്ട് അവസിക്കാനും അവർ ഒഴുക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു ഹിറ്റത്തില്ല അടുക്കൻ എന്നാ പിന്നെ ഒരു ചോദ്യം ഉണ്ടല്ലോ പത്രത്തിന്റെ അനുകാലഘട്ടത്തിൽ പൊട്ട ചിലർക്ക് പത്യങ്ങൾ അകാൻ പറ്റുമെന്ന് ഹരീസിലുണ്ടല്ലോ അതൊരു ഇസ്തല മാവറതമീൻ തലതിൽ പത്രത്തി പത്രത്തിന്റെ അഹ് പെട്ട ചിലർക്ക് അതാവുണ്ട് എന്ന് ഹരീസിൽ വാദുകയായിട്ടുണ്ടല്ലോ ഹാട്ടമൊത്ത പോലെ ഹാട്ടമൊത്തായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഹരീസിലുണ്ട് അതുപോലെ എംബ്രോഡ് കേസിനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹരീസിലുണ്ട് ഒക്കെ പത്രത്തിന്റെ അരി ആറ് കൂട്ടത്തിൽപ്പെട്ടവരാന്താണ് അത് ഒന്നിക്ക് രണ്ടാമത്തെ വീടി ഒന്നിക്കു ആഹ്ലാദ വിവാഹത്തിൽ വന്നത് കൊണ്ട് കഥഹയ്യായ ആയത്തിനെതിരെ വന്നത് കൊണ്ട് തള്ളിക്കളയണോ അതാ ബില്ലാണാ ആയത്തിന്റെ വാഹനമുള്ളത് അതിനെതിരെ വന്നത് ഏതാണ് ഒറ്റപ്പെട്ട അരീതി കളാം ഒറ്റപ്പെട്ട അരീത്ത് വന്നാൽ തള്ളിക്കളിക്കും അതല്ലെങ്കിലോ തകുതി കൊടുക്കും അമ്ര ബില്ലെ അയാൾ കൊടലുമാരാ നരകത്തിൽ വിളിക്കുന്ന കായി കണ്ടി തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ രമണപിള്ളി അതിനെപ്പറ്റി പറഞ്ഞാൽ അയാൾ ഇല്ലാത്ത ചെറുക്കിന് ഭേദങ്ങളൊക്കെ ഭേദഗതി വരുത്താൻ വേണ്ടിട്ട് അയാൾ രംഗത്ത് വരികയും അതോടൊപ്പം ചെറുക്കിനെ പ്രദർശിക്കാനും അതിന് രംഗത്ത് വന്നുകൊണ്ടാണ് അപ്പൊ അയാള് തമ്മൊരാഴ്ച ചുറ്റക്കാരായിട്ടുണ്ടല്ലോ ഓരോ ഭേദങ്ങളെല്ലാം മാറ്റിപറിക്കാനും പുതിയതിനെ പ്രതീക്ഷിക്കാനും അയാളുടെ അരണക്കാരനായിട്ടുണ്ടെന്നാണ് മറ്റുള്ള ആളങ്ങനല്ല اذ فايما اديوا اي فواحادن اذ اتقط اديغد انا ونبغي لا فواهرن دليل القطعي يبقى قطعي دليل لو لا اذا يقولا قد هي دليل وما كنا معذبين حتى بعث رسولا عنا عند الصبر فابا ربنا اني وعلى اتقليم انه ليت لي واحدن اا دي واسي الا نمتمدي كده نوكا എന്നാലോ ഒപ്പിബുഹും ഈ പ്രത്യേക കാലെടുത്ത് തിരിച്ച കിട്ടിയത് ഹിക്കുമത്തിൽ എന്തോ വേറെ ഹിക്കുമത്ത് ഉണ്ട് കാരണം നമുക്കത് ഇടാം അത് യാതാത്താർ ആ ഹിക്കുമത്തിനാഹത്താരാകാന്ന് അറിയത് അ ചില വന്ന് അമ്പിനെ പറ്റി പറഞ്ഞത് അയാൾ ചെറുക്കിന് വേണ്ടി രംഗത്ത് വന്നു ചെറുക്കുണ്ടാക്കാനായിട്ട് അയാള് പ്രത്യേക ഒരു മണുണ്ടാക്കി തീർക്കുന്നു ഈ ബഹീറത്തും സാഹിബത്തും വസീരത്തും ആമർക്കുണ്ടാക്കിയായിരുന്നല്ലോ മാതാണെന്നാൽ ബഹീറത്തിൻ മല വസീലത്തിൻ വല സാഹിബത്തിന് മല വസീലത്തി മല ആറിയില്ലേ ശരി അല്ല അമ്രുബിൻഹയ്യ അമ്രുബിൻ ഹയ്യന്ന് ഹുസായി അതുകൊണ്ടേ ബ്രഹ്മ കൊടുക്കാലോ പിന്നെ ഇസ്ലാമല്ലഞ്ഞ പിന്നെ വലവിൽ അതത് വീട്ടിൽ അത് ഭൂമി മുഴുവനും അപ്പൊ അയാൾക്ക് വിജ്ഞാപനകന്ധങ്ങൾ പാൻ കിട്ടിയിട്ടുണ്ടാവും വിജ്ഞാപന്ധങ്ങൾ കൊടുത്തിട്ടുണ്ടാവനാണ് എമിറുകൾക്കായിട്ട് പിന്നെ പോക്കുണ്ടാക്കി എന്തല്ല പ്രസാദുണ്ടാക്കി എന്ന് പറയുന്നത് അതായത് പ്രത്യേകം കാരണം പറഞ്ഞു അപ്പൊ പ്രത്യേകമായ ശരിക്കും ബിസ്കിനൊന്നും കൂട്ട് വെക്കാത്ത പത്രത്തിനാകും നോക്കേണ്ടി വരും ഈ ഇത് സ്ത്രീമാക്കിയത് ി വമിം ജി അരിൽ പത്രത്തി പത്രത്തിന്റെ അരികാട കൂട്ടത്തിൽപ്പെട്ടതാണ് അബവാഹുതാപിതാക്കന്മാര് ഏതോടൊപ്പം ഒന്നും കൂടി പറഞ്ഞാൽ അല അന്നഹു വറതയ്യും തങ്ങളുടെ മാതാപിതാക്കന്മാരെ അയ്യ ആക്കിയിട്ടുണ്ട് എന്നും വിവാഹത്തിണ്ട് അന്നപേര് എട്ടപ്പെട്ടോടാണെങ്കിൽ പിന്നെ അയ്യാറിന്റെ ആവശ്യം എന്തിനാണെന്നാണ് അത് ടഹാബിയാകാൻ വാങ്ങിയിട്ടുണ്ടെന്നാണ് അതിൽ സുരസീമാ അവർ രണ്ടാളും വിശ്വസിച്ചിട്ടുണ്ട് ബിഹി തൊള്ളാരി കൊണ്ട് വിശ്വസിച്ചുമുണ്ട് എന്ന് വാരിതായിട്ടുണ്ട് കമാക്കാൻ ഹാക്കിലെ പ്രകാരം ചെയ്തിട്ടുണ്ടോ അവിലിറൂ ഹാക്ക لإيمان به فضلا منفا فتل فالقذير بذا قذير وإن كان الهديث به بعيفا حماح إن ورنال أو دار جيده نبي صلى الله عليه وسلم تنقلكه الله تعالى مزيد الفضل فلا فلا فضل دم الفضل أفر الفضل على فضل مزيد فضل على فضل ഫള്ല ഫദിലനേക്കാൾ കൂളർ പറഞ്ഞു വക്കാന അല്ലാഹു തആല തങ്ങളെ കൊണ്ട് റഊഫാണ് ആ ആന്താന പറഞ്ഞിത് ഫഹിയ അല റസിലിൽ എന്താണ് ഈ മസീദ് ഫദില കൊടുത്തതിൻ്റെ തഫ്സീല അപ്പോൾ ഫഹിയ ഉമ്മുനയും അബൗനയും ഹയാതൻ നേരെമീമാൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി ഫള്ലം മുനീഫാ ഇപ്പൊ ഏതായാലും തങ്ങളെ ഉമ്മയാവുക ഉപ്പയാവുക എന്നുള്ള പതിലുണ്ടല്ലോ ആ പതിനാ ഉയർന്നതായ പതിലും കിട്ടാമതി നീ ഇത് സമ്മതിച്ചോ പൽ കതീയമായ അള്ളാർ താര അതുകൊണ്ട് കഴിവുള്ളവരാണല്ലോ പക്ഷെ ഇതുകൊണ്ട് പറയപ്പെട്ട അദീലും ഐഫാണ് എന്നുള്ളൊരു അറാറുണ്ട് എന്ന് പറഞ്ഞു വൈകൽ ബിന അലിയേനോർദ നമ്മ അരീഫത്തുല്ലാഹിൽ അലിയേ ഫഅരിഫിനോ അല്ലാഹുനൽ മരീഫത്തു എങ്ങനെയുള്ള അല്ലാഹു അലിയായ അല്ലാഹു ആ ഉലൂബ് എന്തുകൊണ്ടാണ് എന്നവറിൽ മൻസിലത്തിടോ അല്ലാഹുതആല കലിയേ എന്ന് പറയുമ്പോൾ ഉലൂബ് കൊണ്ടല്ല വസ്ഫറ거든요 ആ ഉലൂബ് മൻസില കൊണ്ടുള്ള വസ്ഫാണ് مكാന കൊണ്ടല്ല അതെ ആ ഉലൂബ് മാനവിയൻ എന്നാണ് അത് ബിൽ മൻസിലത്തിനെ ഉദ്ദേശിക്കുന്നു ഏതാണ് ഒരു എല്ലാ പോലായ്മകളും തൊട്ടും പരിശുദ്ധനാവുക എന്നതും എല്ലാ കമാലാത്തുകൊണ്ട് വന്നാത്ത മുത്തസിഫാണ് എന്നതുമാണ് ആ ഒരു കമാലാത്തിൽ ഇല്ലാന്നാലും ഒരു കുഹാണല്ലോ ഒക്കെ സാർ ഉണ്ടാകാനും പാടില്ല കമാലാത്തൊന്നും കുറയാനും പാടില്ല لا الحسين الحسيه يربو بقى പറയാൻ 바릴ला ان دون ديت هناتي بي حق هي تعالى اللهو بنت عقلي يرب مستحيل والمرااده المنزله يعني manzila nu varaymbol undendundde verda ihama adi vindi verudu ulabnu varaymanda ayi ma makana tho dekko adu opra manzila nadu manzila nadu ma vadiyu belladi ihambu hisiyanu adu maraadalu randi vundu ആൽ മാർതബത്തുൽ മാനവിയായ മാർതബയാണ് ഉദ്ദേശിക്കുന്നത് ആർതുകൊണ്ട് എനി മാരിഫത്തും ഇൽമും ഒന്നും രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണോ തമ്മിലല്ല ജുബൻടാന്നണി പറയുന്നു രണ്ടും ഒന്നാണെന്നാണോ കുറതഹിയാത്ത് മാരിഫത്ത് എന്ന് പറഞ്ഞാൽ ഇൽമു എന്ന് പറഞ്ഞാൽ ഒന്നെന്നല്ലല്ല സമമാവില്ല ഇവൻ ഉണ്ടാണോ ഒന്നേക്കിരണ്ടേ ഇടരാണ ഇടരവനണ്ടാവില്ല എല്ലാം പിന്നെ എന്താ കാണണം ഒന്ന് ആമും പൊക്കോസൊക്കെ മുസ്തലഫാണോ അല്ലെ അമ്മ മക്കോസം മീൻപതിഹിയാണോ അല്ല മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ഇവിടെ രണ്ട് മുതാബിയാണെന്ന് നമ്മുടെ പറയുന്നത് വൽ മാരിഫത്ത് വൽഇൽമി മാനം വാഹിദിൻ എന്നാ അവടെ പോയി ഒരറ്റമാനാ അപ്പൊ ചെറു നോക്ക് മാനം വാഹിദകമപ്പകമിത്തി താത്തിൽ എന്നാ പിന്നെ അമ്മാവ് താര ഇന്ന് പറയുന്നുണ്ട് മാരിഫത്ത് ബസ് വരുന്നില്ലല്ലോ രണ്ടു വന്നാണെങ്കിൽ അന്നാമത്താലാക്കെന്തു പറയാ ആരിഫ് എന്നും പറയാ അരീമെന്നും പറയാം ആരിഫ് അന്നാലെ പറ്റി ആരും പറയാറില്ല അന്ന് എന്തുകൊണ്ട് വച്ചില്ല ആരും വായുതല്ലേ അതിനെ പറ്റി മറുപടി കൊണ്ട് അന്നാമത്താലാക്ക് വസ്തു പറയാത്തത്മാരി അത് വായുതാവാത്തത് കൊണ്ടായിരിക്കണം അന്നാമത്താലാക്ക് വസ്തു വരണമെങ്കിൽ വായുതായ വസ്തു അറിയാൻ പാടുന്നു ആരിഫ് ഒന്നുള്ള വസ്തുക്കാൻ പറ്റില്ല ോ മത്തിൽ എന്ന് പറഞ്ഞാൽ ഈഹാമണ്ട് സബുക്കുൽ ജഹിലി ജഹിൽ സാധിക്കാതിന് ശേഷം അറിയല്ല എന്തൊരു മാനന്തരിപ്പത്തിലുണ്ട് അറപ്പാന്ന് പറഞ്ഞാൽ ജഹ്ലിന് ശേഷം പറഞ്ഞാൽ ആ അറപ്പാന്ന് പറഞ്ഞു മുക്കമല്ലുഹറൊപ്പ ബിഹിറപ്പ ബിഹി അല്ല ഇറാദുൽ കലാമി എന്ന് പറഞ്ഞിട്ട് വലിയതായ കലാവിനെ മുക്തബല്ലാൽ അപ്പിച്ചിട്ട് ഏതാത് ചെയ്യാൻ ഇവൺ ഉണ്ടാക്കി തീർക്കുന്ന ആനീന്ന് ആ മുക്തന്റെ ആക്സിഡന്റ് കാണാം എൽമും നടപ്പാട് യുവാടൊപ്പം ഈ നിപ്പം പറയുന്നു അപ്പൊ ആ എൽമി രണ്ടപ്പോ എൽമെന്ന് പറഞ്ഞ പുല്ലി ആണ് യു ആടൊപ്പം ഈ അത്തിന് എതിരാക്കാണെന്ന് ഒരു വ്യത്യാസം എൽമ ജന കാപ്പിക്കൊള്ളണമെന്നില്ല ആന്റെ കഥയും ആകാം മാരിപ്പത്തു എന്നാണ് ജഹിദ് സാബിത്താവിന് ശേഷം അറിയണം എന്നാലേ മാരിഫട്ടു എന്ന് അറിയുള്ളൂ അവരുടെ പത്താം സാണിമാവന്താ അതുകൊണ്ട് ആ അമ്മാവത്തെ അയാൾക്ക് അറിഞ്ഞു അറിയാത്തത് അതാക്കാണോ ഞാൻ പറ്റിയത് അപ്പൊ ശരിയായ ഒരു വിശേഷം വരുന്നുണ്ട് പറഞ്ഞത് അതാ സഹിരു മുക്കാബിരുഹോ അതിന്റെ മുക്കാബിര എന്താ പറയുന്നത് عنا المعرفة أخص من العلمين قولنا ريما دائما صابي الله وردينا بنا دائما وقدنا أخص من النوع عموها دائما إلا أخص يا دائما وقد أفينينا لكم أن نحتك أن الله تعالق ونأخصرنا كل ديره الأوكود ما يتلأخصرنا ريما دائما ريال إلا معرفة علمان وعلم الله وعرفة الله من الليل يجوه عنا الله അതിന്റെ താലൂക്കിന്റെ ഏറ്റുപാടു കൂടി അതസ്തു അതായത് മാരിഫത്തിന്റെ താലൂക്ക് അത്തസ്താണ് ഇൽമിന്റെ താലൂക്ക് ആമാണ് അതിന്റെ എപ്പറ നോക്കടാ ഇ താലുക്ക് നോക്കടാ സാധാരണ മാഹിയത് കൊണ്ട് അത്തും ആക്കും പോവെന്താ പറയണേ ഇൻസാൻ അതസ്താണ് ഹവാൻ നമ്മൾ ഇൻസാനിൻ ഹാനും അല്ല അതേ കോലത്തിൽ എല്ലാ മാരീഫത്തും ഇൽമാകുന്നു ഇൽക്കോണമെന്ന് ഞാൻ ഞാൻ പറഞ്ഞത് ഇത് താലുക്കിഹ മാരിഫത്തിന്റെ താലൂക്കുണ്ട് ബിൽ ബസായത്തിനോടും ജുസുഖിയാസിനോടെയുള്ളൂ താലൂക്ക് കുറച്ചേ ഉള്ളൂന്നെ താലൂക്കിഹി ഇൽമ താലുക്കായിട്ടുണ്ട് ബിൽ ബസായ അപ്പൊ ഇൽമിന്റെ മൊത്താലൊക്കെ ഇന്ദിന്റെ മുക്കാബിലെ മുളക്കബത്തിന്റെ മുഖാബിലേ പിന്നെ മുഖാബിലെ കുല്യാത്തും ഉണ്ട് എല്ലാത്തിനുള്ള താലൂക്ക് ഉണ്ട് ഇൽമിന് അപ്പൊ ഇൽമിന്റെ താലിലൊക്കെ വിശാലമാണ് ആ കണക്ക് അപ്പൊ മരിഫത്ത് കൊണ്ട് അള്ളാഹു പറയാത്താണ് താലിലൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട് ഈ ഇല്ലത്ത് വെക്കുമ്പോൾ ഈ അകത്തുകളർത്ഥം താലിലൊക്കെ അകത്ത് അർത്ഥം വെക്കേണ്ടി വരും അല്ല ഒക്കെ മായിയത്തിൽ അഹത്താണെങ്കിലും ഉണ്ടായത് ആമിനാക്കാണോ തർക്കം കൂടുതലല്ലേ കൈതു കൂടിയല്ലോ അപ്പൊ അന്താമത്തെ കൂടുതൽ വസ്തു പോയാലല്ലേ ഹിൻസ് ആവാൻ മാഹിയത്തിനേതാ അകത്ത് പോവാൻ താൻ അത് ആവാൻ ആക്കാനോ പോലീസ് കൂടുതലേ കൈലുകൂടിയില്ലേ ഇവിടെ എന്താ പറയുന്നത് الله تعالى وسوفaling الله والله other رب Weihnachter حيث من هيده تعَضُقون أنخ domain اذا فقول ف poet تت episódio كون الحمدن هذه شيئة العديد من هيت فيي تع être bundle السريق بعيد سنعى أنا عربي التع호ف الله في مقة ഡീഫ് ഡൈരീഫ് ഉണ്ടാക്കാൻ ജീൻസും ഒക്കെ മന്ദി പഠിച്ചിട്ടുണ്ട് മന്ദിക്ക അർത്ഥം ഓദ്യ ആ അൽക്കീൻസ് ആണ് അൽ ജാദിമു ഒരു പത്തിലാണ് അൽ മുതാബിക് ബേറൊരു പത്തിലാണ് ലിമോജിബിൻ എന്നുള്ളത് മൂന്നാമത്തെ പത്തിലാണ് പത്ത് ഇങ്ങനെ കഴിക്കും ൊണ്ടിരിക്കുമല്ലോ അതാ വഹുവൽ ഇതറാഖോ എന്നുള്ളതേരാൻ ജിൻസാം പത്തിൽ വയ്യ പറയും യശ്മു അതെന്താക്കും അൽ ജാസിമ വഹൈറോ ജാസിമിനെയും ഉൾക്കൊള്ളിക്കുന്ന പത്തിലാണ് അൽ ജാസിമ്ക്കരുകൂടി ആര് കഴിഞ്ഞുപോയിമ കഴിഞ്ഞുപോയി മുഖവോ അൽ ജാസിമോൻ മുഖ്യൽ ജാസിമല്ല പത്തിലാണ് അല്ല മന്ത്രി മനസ്സിലാക്കോളാം തൈറുജാതി പോലെ മന്ന് ചെക്ക് വഹം ഇതൊക്കെയാണ് പോയത് ജാതി മുന്നുകൊടുക്കലോടുകൂടി ആര് പോയി മെന്നും പോയി ചെക്കും പോയി വഹമും പോയി ചക്രനവസരത്തിലും രണ്ടാല് വിഷുഭാഗം അതുകൊണ്ട് രണ്ടും നമ്മളിങ്ങനെ ഫിഫ്റ്റ് സിക്സിയേഷൻ ഉണ്ടാവും രണ്ടും തൂക്കം പോലെ രണ്ടും പോലെ ഉണ്ടാവും ആണെന്നും അല്ലെന്നും ഈ ഏതെങ്കിലും ഭാഗത്ത് മുൻതൂക്കം കൂട്ടിയാൽ ആ കൂടിയ ഭാഗം തൈ മന്നായി ഈ തൂക്കം കുറഞ്ഞ ഭാഗം ബഹുഭവിച്ചു മാറും ഫിസ്റ്റ് കൃഷ്ണൻ കൃഷ്ണിയാവുന്ന അവസരത്തിന് ഇക്കാര്യം ഉണ്ട് അല്ല രണ്ടും ഈ ശക്തം രണ്ടും സഭ ഉണ്ട് എന്നുള്ള ഭാഗത്ത് ലേറ്റവും ഒരു ഇരുപത്തഞ്ച് തുറക്കിന്റെ കൂട്ടി അതെന്തായി എഴുപത്തഞ്ച് മനായി ഇപ്പത്തൊന്നുണ്ടാവും ഇരുപത്തഞ്ച് ബഹുമായിട്ടുണ്ടാവും അപ്പോ ജാതിമായി കഴിഞ്ഞാലോ പിന്നെ മറ്റേ തുറപ്പുണ്ടാവില്ല ടിപ്പത്തും മസീറ്റിയായി ലഡാക്കിന്റെ ആ തിപ്പത്തിന് മസീറ്റിയേക്ക് മാറി മറുവശം ഉണ്ടാവില്ലല്ല அல் முதாபிகுல் இல் வாக்கி என்று நான் சொன்னின் அர்த்தம் என்ன தாய் அல் முதாபிகுல் இல் வாக்கி இத்ராகு முதாபிகாயினோ பர்ணது இல்லே பட் இத்ராகின்னா முதல்லகு முதாபிகாயி நோக்கடணும் இத்ராகல் கு மன்சிபாディன கேசியேட அல் முதாபிகு என்னன்னா முதல்லகு இத்ராகின் முதல்லக்கன்ற ஒரு ஹுகம் உண்டாலோடா ஆ ஹுகம் முதாபிகால அன்றோட வாக்கியோடு கஜே சம்பாவதிலு അങ്ങനൊരു വണ്ടി കൊണ്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വണ്ടി ബിഗലാണേത് വാക്കിയെ പെരിമറത്തോട്ടില് ഒരു വണ്ടി കൊണ്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വണ്ടി ബിഗലാണല്ലോ വാക്കേ ആ വാക്കിനൊപ്പിച്ചാണെല്ലൊക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നൊക്കും അനുസരിച്ച് ഇതിലാക്കീരുത് അതാക്കിയ മുതാലിലക്കാണ്ക്കുമോ അതും എന്റെ മുതാബിത്താണ് എല്ലാ മുതാബിക്ക് ഈ മൂന്ന് ഒരേ ലെവലിപ്പോ വഹുവ അങ്ങനെ ആ മുത്തലക്കെന്ന് പറഞ്ഞത് നിസ്ബ നിസ്മോ മുതാബിക്കാവേണ്ടത് എന്തിനോട് വാക്കയിലോട് മുതാബിക്കോ ഈ ജസ്മ ആണ് മുതാബിക്കാവേണ്ടത് എന്നെല്ലാം മുറാദ് ആ ജസ്മിനുള്ള നിസ്ബ എന്താണോ ആ നിസ്മ മുതാബിക്കാവണം എന്തിനോട് വാക്കയിലോട് അപ്പേറെ പോയി പച്ചക്കളവ് ഓർത്തുപോയി അപ്പൊ അവിടെ വാക്യം ഇല്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമിതി നോക്കുമ്പോൾ കൊല്ലം ഇല്ലെങ്കിൽ വാക്യം ഉറക്കുന്നില്ലല്ലാവൂല ജഹന് മുറക്കുമ്പോ പുറത്തുപോയി ജസ്സുമുണ്ട് ജഹലമറക്കുമ്പോ ജസ്സുമുണ്ട് എന്നാ വക്ക ഓം വിശ്വസിക്കണങ്ങനെയാണ് പക്ഷെ വാക്യം ഉറക്കത്തില്ല ഈ സന്ദേശത്തിന് അന്ന മകനാണെന്ന് ഉണ്ടാക്കി ജസ്സുമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതിന് ശരീരീങ്ക പക്ഷെ വാക്യം ഉറപ്പിട്ട് പിന്നെ പിന്നെ അല്ല ഈ മൂതിബിൻ എന്നൊരു കയ്യിലുണ്ട് മൂതിബിണാണ് ഈ ജസ്മിനെ ഉണ്ടാക്കി തീർക്കാൻ ഒരു കാരണം പുറത്തു പോണമെന്നവർ ആ കാരണം എന്നെങ്കിൽ ഇവിടെ ഹിസ്സിൽ തന്നെ അനുഭവപ്പെട്ടതാവാം അപ്പൊ ഹിസ്റ്റീ ആയ വിഹൂതിയായ കാര്യം എല്ലെങ്കിലും ഒരു നിലയിലുണ്ടാവണം നെഗീയായ രൂപമാണെങ്കിൽ അതിന്റെ ദിലീലുണ്ടാവണം ഇൻമൊണ്ടിരിക്കലെന്താക്കും ദൌറൂരിയാകാം അല്ലെങ്കിൽ നെതിരിയാകാം ദൌറൂരിയാവുന്ന അവസരത്തിൽ എന്താ വേണ്ട ദലീല് വേണ്ട എന്നാലും അവന്റെ ഹിസ്റ്റിൽ അനുഭവപ്പെടുവല്ലത് നെതിരിയാണെന്ന അവസരത്തിൽ ദലീല് വേണം അതാ മോജി ആ ദലിന് വേണ്ടി ഞാൻ ഈ മോജി ആ ജമുണ്ടാകെന്തുകൊണ്ട് മോജി പിന്നു വേണ്ടി ും എന്തോണ്ടാൽമന്ത്രിയാത്തിന് പണ്ട് പത്തില്ലേ വിഷപ്പൂതാണല്ലോ ഉള്ളിലുള്ളതാണെന്ന് സുഖം ദുഃഖം എന്നൊക്കെ പറഞ്ഞ ഉള്ളിലല്ലോ വിജുതാനിയാത്താണല്ലോ അതുപോലെ ഹവാസേതാ ചൂട് തിളപ്പ് അതുപോലെ തന്നെ നാവുമ്പോൾ വെച്ചൊക്കെ കിട്ടുന്ന എരുവോപ്പുണി മധുരം ഉപ്പ് ബുധനാഴ്ച എല്ലാം നമ്മൾ ഹവാത്തിൽ കൊണ്ടിതിലാക്കിയിട്ടല്ലോ അത് മോചിപ്പാണല്ലോ വൻ നദരീയ നദരീയനെ ഉൾക്കൊള്ളിക്കും ബഹുമാക്കാൻ ദരി ദരി മുഖേന കിട്ടിയതാണ് അവരീലാണ് മോജിബ് പക്ഷെ അന്നാന്റെ ആരിഫത്തെ ഏതെല്ലാം നെറൂരിയല്ല താകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറൂരിയല്ല നെറൂറി അല്ലാത്ത ദരിയിൽ കൂടി കിട്ടണം ഒപ്പം ആരിഫത്തൊന്നായി തക്കോലെ നെറൂരിയെ താകം മാറിക്കേടി അരിൽ കശ്മി വൽ ബന് നയ്യറത്തി കശ്മിന്റെയും ബസീറത്ത് നെഗിറത്തായ ബസീറത്ത് വണ്ടേ ബസീറത്തിനെ പറ്റി നമ്മൾ ചേർക്കും ചർച്ച ചെയ്തിട്ട് മദറാജിലെല്ലാം ആ ബസീറത്ത് പറ്റെ തൊട്ടുപോയ ഊട്ടറുണ്ട് അൽപ്പം തുറക്കപ്പെട്ട ആളുണ്ട് തൊഴിൽ തുറന്നാലുണ്ട് ഏവൻ തുറന്നാളുണ്ട് എന്നൊക്കെ ും തക്ലീദിന്റെ ഹലുകാർക്കല്ലേ ഇലമുൽ ജക്കീൻ എന്ന് പറയുന്നത് ഹലുകാർക്കാണ് അനു ജക്കീൻ എന്ന് പറയുന്നത് വസീറത്തിന്റെ ഹലുകാർക്കാണ് ഹക്കുൽ ജക്കീൻ ഉണ്ടല്ലേ നീ ലെ കിട്ടാൻ മാത്രം അന്ന അത്രയും അന്നു വായ്പായി പോയോന്ന് ചേക്കുമില്ല അതാണ് അതോടെ ഇരിക്കുന്നത് ഹലുകാരോട് അതേ തരത്തിൽ ദലിന്റെ അലുകാരനും ആരോടാറിയുന്ന കിതാബ് ദലീലിന്റെ അലുകാരോട് ഹിക്കുമല്ലോട്ടല്ല വിദായത്തും നിഹാത്ത തപസ്വം സുലൂക്ക് കംപ്ലീറ്റ് ഒരുമിച്ചുകൂട്ടിയ കിതാബാണ് ഹിക്കുമ്പോൾ അത് മാറച്ചൊപ്പിച്ചൊപ്പിച്ചുകൊണ്ട് പോണമെന്നേ ഉള്ളൂ ഇന്ന് ഉടനോടെ ഈ പറയുന്നത് ഇന്ന ഇത് ഫലാകാരോടാ പറഞ്ഞത് ഇത് സാലിക്കിനോട് പറയുന്നതാണ് ഇത് ആര്യക്കിനോട് പറയുന്നതാണ് ഇത് മജുതോദിനോട് പറയുന്നതാണ് അതെല്ലാം അനുസരിച്ച് ഒപ്പിച്ചുകൊണ്ടപ്പോ പിന്നെ അത് എന്ന കൈത് കൊണ്ട് പുറത്തുപോയി അമ്മെല് പുറത്തുപോയി മെല് പുറത്തുപോയാൽ ശെക്ക് അവലെ കൊണ്ടും പുറത്തു പോകും ശെക്ക് പോയാൽ വകും അവലെ കൊണ്ടും പുറത്തു അത് ശരി മൂന്നുപോകല്ല ഇമാമ പിന്നെ എന്ന വാക്കുകൊണ്ട് പോയി അല്ലാതിക്കാതെ തന്നെ പക്ഷെ മുതാബിക് ആയിട്ടില്ല കാറ്റിക്കാതിൽ പൽസഫ് ഒരു പൽസഫക്കാരൻ ഏറ്റുക്കാതെയ്യുമ്പോഴെ കിടമൽ ആലം ആലമ കഥമാണ് എനിക്ക് ജാതിമായിട്ട് കഥ പക്ഷെ വാക്കി കൊടുത്തിട്ടില്ല അത് കൊടുക്കോയി അത് മരിപ്പിന്നും അറിയില്ല വീ മുൻലിഫിന്റെ കോലിൽ കൊണ്ട് പോയില്ല ഈ മൂജിബിൻ എന്നത് ഈ കസിൽ ജീമി ജീമിന്റെ കത്തനോണ്ട് വായിക്കണം മൂജിബിൻ പറഞ്ഞ ഈ മുഖത്തമീൻ ആ മാര്യപ്പത്തിന്റെ ജസിമിനെ ഉണ്ടാക്കി തീർക്കാൻ ആ ജസിമില്ലേപ്പൻ ജാതിമെ ഉണ്ടാക്കി തീർക്കാൻ ഒരു മൂജിബുണ്ടാകണം അതിനുണ്ടാക്കി തീർക്കാന കാരണമാവും എന്താ മൂജിബ് അത് മിൻ തലീലിൽ അത് വയനാ മു അത് ഡൽഹിയിലായാലും കൊള്ളാം എവിടത്തേക്ക് നെവൂർ ജൗലിലേക്ക് ചേർത്തിട്ട് ആറൂർ ചേർത്തിട്ട് ഹിസ്സോ ബിജുദാനോ ഹിസ്സും ഹിസോഹിയായ ഹിസ്സാ ബിജുതനോ ബാഫിനാണ് വിശപ്പ് ദാഹം അതുപോലെ സുഖം ദുഃഖം മുതലായതല്ലെന്ന സന്തോഷം എന്നൊക്കെ പറഞ്ഞല്ലോ ബിജുധാന്യ ആ മുജുപോലുണ്ട് മുരിവ് ദലിയിലുണ്ട് ഹിസ്സന്റെ ഇരുദാനുണ്ട് ഹിസ്സൻ ബിരുദാനൊക്കെ നെറൂരിയായ്മ ഞമ്മക്കിവിടെ വെലിയില് അത് ഞാൻ അന്നാവ ഇത് മാരീപ്പത്തിന് മുത്തലക്കാട്ടാണ് ഖരീഫ് പറയുന്നത് മാരിപ്പത്തൊന്നായി എജില്ലല്ല മാരിപ്പത്തൊന്നായി ആകുന്ന അവസരത്തിൽ എന്താണെങ്കിൽ നെഹ്ലിയെല്ലാം ഉണ്ടാവുള്ളു നെറൂരി ഉണ്ടാവില്ലല്ല നെറൂരി ഉണ്ട് ഇപ്പൊ പറഞ്ഞേ അതിക്ക് കഷ്പും ബസൈറത്തും നെഗറത്തും നെഹരികൾ ആർക്കും അപ്പൊ ഓർക്കെന്താകും കശ്മു കൊണ്ട് തന്നെ കിട്ടും അവ കശ്മുക്തുകൊണ്ടന്നെ ഇതിരാക്ക് ചെയ്യല്ലോ ഞാൻ ഇപ്പം ഭക്ഷണത്തിന്റെ രുചി നാകുകൊണ്ട് ഇതാക്കി ചെയ്യുന്നത് പോലെ ഇപ്പൊ മധുരമുള്ള താഴ്ന്ന ആകുവച്ചൊക്കെ മധുരം ഉണ്ട് ഇതിരാക്ക് പോലെ ഓർക്കെന്താക്കാൻ കഴിയുമോ ഓട ബസ് കൊണ്ട് ഇതിരാക്ക് ചെയ്തോളൂ ഹലാസ് ഉണ്ട് കൂടാതെ നമ്മളാദ്യ സംബന്ധിച്ചെ അത് ചിലപ്പോ ജനിക്കുമ്പോ തന്നെ കശ്മിൻ്റെ ആണെങ്കിലോ അമ്പാക്കുമ്പോ തന്നെ കശ്മിൻ്റെ ആണല്ലേ ഓണം പത്തില്ലേ നമ്മളെക്കെ ചെയ്തിട്ടല്ലേ ആദ്യം അങ്ങനെ പറയുന്നു ആദ്യം തക്കീട് പോകണം തകയിലുപൊട്ടാ പിന്നെ എന്ത് വേണം ദരി പോകണം ദരിട്ട് പിന്നെ കശ്മു പോകണം എന്ന് പറയുന്നത് ഞാൻ മാറും അകത്തുണ്ട് അത് പോയി പിന്നെ അതല്ലേ എന്ന വാക്കുകൊണ്ട് പുറത്തുപോയി അല്ല എത്തിക്കാതു സഹിഹു ഒരു സഹിഹായി എത്തിക്കാതെ പാതി അല്ല സഹിയായി എത്തിക്കാത് ഏതുപോലെ താറ്റിക്കാതെ ഈ ഡേനി മക്കളെ രണ്ട് പിറന്നാൾക്കാരോ സുന്നത്താണ് എന്നുള്ള എത്തുകാട് പോലെ അത് സഹിയായ എത്തുകാറാണ് പക്ഷെ നമ്മൾ തകലീതിന്റെ ഹരികാരില്ല മോചിമില്ല നമ്മൾ തകലീതിന്റെ ഹരികാരല്ലേ അതേ തരത്തില് ഒരു മുജിതഹിതായ ആളെ കൂടി പിടിക്കുകയാണെങ്കിൽ ഓർക്കെന്തല്ല അത് ഇതെല്ലാം പൊതു മൂചിമുടല്ലാവർക്ക് നമ്മുക്ക് മതോപരി മാ തക്കലീതാണ് ഒരു നിരക്ക് പറയാം വളർന്നിമാണിങ്ങൾ നമ്മളെ ഈ പോരാഞ്ചേരിയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് തെരുവിനാഥ് പറഞ്ഞത് കുഴപ്പമില്ല അങ്ങനെയാണ് അല്ലെന്നുവിന്റെ ആളെ അത് കൊണ്ടല്ലോ ചാരിക പറയുന്നു അത ശരി ബാ പ്രശ്ന പിന്നിജിത ഹിദൽഖാത്തിൽ ഹംസി ഏതാ ബത്തർ ഷമ അല്ല വിജുദാൻ അതുപോലെ ഹൈസുൽ ബാത്തിനെ ഇദ്രാക്കൽ ജോയിൽ ഒക്കെ ഇദ്രാക്കുൽ ബാത്തിനാണ് വിജുദാനെന്ന് പറയുന്നത് അതൊക്കെ മുഴുപാണ് കയറ്റിക്കാളി സുന്നിങ്ങി താത്തിൽ നല്ലത് ദലീൽ കൊണ്ട് കിട്ടിയിട്ടില്ല എന്നതാണ് ഉപ്പുറത്തെ പറഞ്ഞത് ഈ മുജറൻ ആൻഡ് ദലീലിൻ ദലീൽ ഇല്ലാതെ കണ്ട് മുജറായിക്കൊണ്ടാണ് ആ സുന്നി വിശ്വസിക്കുന്നത് താണു വൈല ണ്ടെങ്കിലോ പഹുമായി ഇപ്പൊ തന്നെയായി ബുദ്ധിപാടാ വന്നല്ലോ എന്നാ പിന്നെ മഷുറു വയ്യത്തോ അതിപ്പൊറൂരിയായി മാറി എന്നാ പറയുന്നു നെറുപ്പെന്നറിയപ്പെട്ടാണെന്നു എന്നാണ് ഇക്കാര്യം എന്നുള്ളത് വാം ഏറ്റക്കാതെ മസൂറു വയ്യത്തിഹ അത് മസുറുഅത്താണ് എന്നുള്ളതിന്റെ ഏറ്റുക്കാതെ തലബുഹ അതുപോലെ തലപ്പിന്റെ ഏറ്റുക്കാതും പഹുവാറൂറി തവാത്തൊരു ഹി ബൈമി വെള്ള അതുകൊണ്ട് ഷൂർ വയ്യത്ത് ആ മഷൂർ വയ്യത്ത് സുന്നത്താണോ വാജിപ്പാണോ എന്നുള്ളതിലാണ് മറ്റുമ്പം ഇഷ്ടക്കിയത് മഷൂർ വയ്യത്ത് തന്നെ സുന്നത്തുവാദാ വാജിപ്പു ആകാലോ ആ അത് മറ്റൊരു കാര്യാണ് ദലീലില്ലാത്ത രീതിയിൽ അത് സുന്നത്താണ് ഞമ്മൾ വിശ്വസിക്കുന്നത് അതായി മൂലിമില്ലാത്ത അവ ആരിപ്പെട്ടില്ല തക്കറിദാണ് അതെ തീർന്നു അപ്പൊ ഇത്ര നേരം മോചിപ്പ് ഉണ്ടാകണം എന്നല്ലേ പറഞ്ഞത് ഈ മോചിപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ദലീൽ പോകണം പോഞ്ഞത് അള്ളാഹുന്റെ മാരിഫത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരിയാതുകൊണ്ട് ദലീല് പോകണം പറഞ്ഞത് ഏത് ദലീല് തസ്സീലായ ദലീല് പോകണമോ അല്ലെജ്മാനം ദലീല് പോകണമോ അതാണ് വിവരിക്കുന്നത് വല്ലതി അള്ളാഹുന്റെ മാരിഫത്തി മതിയാക്കപ്പെടുന്ന എത്രയാണ് ആ ദലീലൊരു ജുമലിജ്മാലിയായ ദലീല് മാത്രം മതിപ്പാക്കാൻ അതിന് ഖിലാഫില്ല എന്താ ഇജ്മാലിയായ ദലീൽ എന്ന് പറഞ്ഞാൽ അത് തപ്തീലാക്കി കൊടുക്കാനും അതിലുണ്ടാകുന്ന ചോദ്യങ്ങളും മറുചോദ്യങ്ങൾക്കത്തെ ചുഭാത്ത് വരും ആ ചുഭാത്തെല്ലാം കട്ടയിച്ച് വിശദീകരിച്ച് മറികടുക്കാൻ കഴിയാത്ത കാര്യത്തോളം അത് ഇജ്മാലി എന്നതിന്റെ പേര് ആ അതിനെപ്പറ്റി ചോദിക്കാനാണ് ഞാൻ കൊണ്ടാണ് ദലീലിനെ പറ്റി എനിക്ക് എന്തെല്ലാം ചോദിക്കാനാണ് തസ്തീരി എന്തെല്ലാം ഉപചോദ്യം ഉണ്ടോ എല്ലാത്തിനും മറുപടി തരാമെന്നാ പറയുന്നത് എന്നാ തപ്സീലായി അതെങ്ങനെയാണ് അതാ പറയുന്നത് ഒരാളറിയുന്നു എന്ന് അറിഞ്ഞോണ്ടത് അപ്പൊ ആരം ആണ് ഇവിടെ ദലീൽ ദലീലാണ് ആനം എങ്ങനെ അമ്മാന്റെ ഗുരുതമ്മ ദലീലാണെന്ന കോലെന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞോട്ടൊന്നില്ല എങ്ങനെയായി ആലമിന് പണ്ടെന്തായിരുന്ന അവസ്ഥ ആ ആലമിന് ദലീലേക്ക് മുക്തക്കളായത് ഈ കാലത്തിലേക്ക് ആവശ്യമായത് കൊണ്ട് എല്ലാം ഞാനൊന്ന് സംഭവിക്കും ഈ ചോദ്യങ്ങളൊക്കെ എല്ലാം മറവു വൃത്തം ഇന്നില്ല അപ്പൊ ഹിജുമാലിയായ ദലീലേ കസ്തീലായ ദലിയിലോ ആരം എന്നെ ഞാൻ എന്തെപ്പറ്റി ചോദിക്കാതെയാണ് ആരം എന്നെ ദലിയിലാക്കി തരാം ആ ഇഷ്ടന്റെ കുറവൊക്കെ وام تفصيليو تفصيليا دليل فهو المقدور فيه علاماته را 아 దరీల సాధ్యం ಆಗνοντας అలాമാ দুকিরা 아 تفصيلం అడుడ హల్లి శుభం అదా మాకురా బొంబిలేపా تفصيلం అది నడన శుభాదన హల్లాకలు అది ఎది ఆరేంగలు తోడింగలు ఉണ്ടാకియా జోరుతిని వరుడు కొడుతల్లం బెరణం അതിന് സാധ്യമാകുന്ന രീതിയിലായ തസ്തിലിയ ദലീലിനു വരെ പലായജി അയിനൻ അത്തരത്തിലുള്ള ദലീൽ പൗർണഅനായ വാജിബാവുന്നതല്ല അപ്പം തോന്നുന്നു കിഫായിട്ട് വാജിബാവൂന്ന് വന്നു നാട്ടിലാണെങ്കിലും ഉണ്ടാകരുത് ബാൽ റുജൂബൻ കിഫായി കിഫായിയായ വാജിബാവയ്ക്ക് മാറൂ ഇജുമാരെല്ലാവർക്കും മാറന്നു മതി അതാണ് എന്തിനാ കിഫായിക്കണത് സൗരിദ്ദീനി ലീലിനെ കാക്കാൻ ീജനേഖാക്കലിദുവാമി പ്രതിവച്ച കക്ഷികളൊക്കെ തട്ടിമാറ്റണ ലോറി ഇതിനെതിരെ പൊളിക്കാൻ പറ്റുമല്ല അതിനുവേണ്ടി തഫ്സീലി ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന പുറമെ ഇപ്പായിയായ ആളുകൾ വേണം എന്ന് പറയും ഇനി ഇതിന്റെ ഒപ്പത്തിൽ ഇരുന്ന വാക്കികൾ തക്കലീദാ വാക്കിയുള്ളത് തക്കലീദിനെ പറ്റി പറയുമ്പോൾ അമ്മ തക്കലീതു തക്കലീദു എന്ന് പറഞ്ഞാൽ ഫഹുവാൻ വേണ്ടത് ഇവിടെ ബഹുമാനായിപ്പോയിരുന്നു അമ്മ പിദേശം എന്താ വരേണ്ടത് അട വാവല്ലേ വമ്മല്ലതിനൊക്കെ ഒന്നാന്ന് പറഞ്ഞു അമ്മക്ക് ചേച്ചിട്ടു പഹുവല്ലൗലുള്ള കൈരി എനിക്കൊന്നും വമ്മത്താക്കളും ജവാബ് അതായിരിക്കൂല അതിനിടക്കാർ പറയാൻ കൊടുത്തതാണ് അതുകൊണ്ടെനിക്ക് വാവട്ടു എന്ന് കഥ തോന്നുന്നു تقريبهن अवस्था عندها هلا فقه فقه ثقيله اعتقد مختلفه هلا دي روابط معبره ابي ادكن باقي وهو ما ترواج يمشيكم دي لا ودي عندها لا ودي عنده وهو المجيز لا وهو المقدره ജവാബ് അതേ അമ്മൻ ജവാബ് അപ്പുറം പിന്നെയുള്ളു സഹുവല്ലാ സഹോബി കൗലിൾ കൈരി റൈരന്റെ കൗലുകൊണ്ട് പിടിക്കലാ നിൽകൈരി ഹുജത്തിൻ ഹൃജ്ജത്ത് കൂടാതെ കണ്ട് കൗല് റൈറിന്റെ കൗല് പിടിക്കലാണ് തക്ക രീതികൾ പറഞ്ഞു അല്ലേ അപ്പൊ കൗല് പിടിക്കൽ എന്ന് പറഞ്ഞ ഹുജത്തില്ലാതെ കൗലു പിടിക്കൽ എന്ന് പറഞ്ഞാൽ തെക്കാഴ്ച പിടിച്ചാലും പറയാല ബഹുമാറ്റി പിടിച്ചാലും പറയാല ി കുടിച്ചാലും പറയാലോ പക്ഷെ നമ്മൾ വീണ നോക്കണം ജസ്മല്ല വേണം നോക്കണം അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞു ആ ലേറ്റാതുൽ ജാസിമുൽ മുത്തമത്തു ഫീബി മുജറി കൗലിയും അപ്പൊ അവരെന്തിന്റെ കുറവേ ഉള്ളു ജസ്മിന്റെ കുറവില്ല മുത്താബക്കത്തിന്റെ കൊറവുമില്ല മോചിബില്ലാന്നല്ല കുറവേ അവിടെ അവരുള്ളൂ എന്നാ ആ തക്കരീതി ഇവിടെ അംഗീകരിക്കുന്നുണ്ടോ അതിനെപ്പറ്റാ ഖിലാസ് നേരെ വന്ന് ജസ്മില്ലാത്ത തക്കരീതാണ് മുത്താബിഖല്ലാത്തക്ക ചെയ്താണ് അവർ തള്ളപ്പെട്ടതാണ് എന്നത് ഈ ജുമാണല്ലോ അറിയില്ല ഞാനിങ്ങനെ അന്തോദിക്കാനേ ഉള്ളൂ മോദിപ്പിന്റെ ഒറ്റക്കുറവ് കൊണ്ട് ഖിലാഫ് വരാനുള്ള കാരണമാണെന്തേ പറ്റുള്ളൂ അയ്യാണ് അലിഇദുൽ ജാസിമുൽ മുത്തമസ്തോ ഫിഇ മുജറദി കൌലുള്ള കൈയ് ധരിവില്ലാതെ അപ്പോൾ ഈ കൈതേ പോയിട്ടുള്ളൂ ഏത് മൂദീപുകള കൈ മാത്രം അവർത്തേക്കാണ് പെറ്റോ വെച്ചൂലെന്ന് ശിലാപ്പ് പറയുന്നത് നേരെ മറിച്ച് ജസുങ്ങിന്റെ കുഴപ്പം വന്നു അല്ല മുട്ടാബക്കത്തിന്റെ കുഴപ്പം വന്നു എന്നല്ല കാരണമാണെങ്കിൽ അതിൽ തന്നെ അരിപ്പ തോറ്റില്ല അതിൽ ചോദിച്ചില്ലല്ലോ അത് കൂട്ടയേ ചെയ്യൂല അത് പാത്തിലും വർദ്ധ വേറാള കൗല കേട്ടപ്പോൾ ഇവനിക്കുണ്ടാകുന്ന അന്നാലെ പറ്റി അരിയപ്പത്തിന് ഒരു ചെക്കാവുന്ന അവൻ മുക്കല്ലിക്കാൻ പറയാൻ പറ്റോ അപ്പോ അനീമാൻ ടഹ്യാ എന്ന ശിലാപ്പൂല്ലോ ജന്മ വഹതോടപ്പാക്കും മുത്താമത്ത വന്നതോടൊപ്പം ഇല്ലാക്ക് ദരിവില്ലായ്മ മാത്രം അയ്യാണ് പുറത്ത് നോക്കിയത് അതുമുത്തുള്ള അവിടത്തേക്കാണ് സഹി ആവുന്നു ഇല്ലെന്നും അല്ലായി അക്കായി അത് മദീനാന്ന് അതാണ് സഹീ അപ്പൊ എത്ര പോലും വന്നു പോന്ന സഹിത അതാ മാറ്റം അത് സഹിമാനു മുക്കല്ലി സഹിഹുൽ അതുകൊണ്ട് മുക്കല്ലിഹാണ് എന്ന് വെച്ചു സഹി അനുസരിച്ച് സഹിഹാണ് ഈ സഹിഹനുസരിച്ചിട്ട് എനി എന്തുവാണം നെളു വേണോ ഇപ്പൊ തക്കലീമാക്കി വെച്ചത് എനിറ് ചെയ്തിട്ട് ഇവൻ ഇഷ്ടിനേ കടക്കണമോ ഒന്ന് എല്ലാ തടക്കിയ കല്ത്തിനെ തടുക്കിയത്താക്കി ശേഷിന്റെ കൂടി കശ്മീരി കത്തണമോ കശ്മീരേ കത്താൻ പിന്നെ എല്ലാവരും നിർബന്ധിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ കറക്കീതില്ല നെറടുത്തിട്ടുണ്ടോ തക്കലീറ്റ് പൊട്ടിട്ട് നെഹുറിലേക്ക് കറക്കണമോ വേണ്ടയോ അതിനെപ്പറ്റി കറക്കുന്നു മനീ തക്കലീട് മതി എന്നുള്ള കറക്കുപറക്കാൻ ആരും ജസ്മം വന്നിട്ടുണ്ട് എല്ലാം ഒത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് പഹൻ മജിബു നെഹ്റു നെഹ്റു വാജിബാണോ അല്ലയോ ഏ നെറു വാജിബാണ് എന്ന് വെക്കുമ്പോൾ ഈ സഹീഹാണ് പക്ഷെ നെദ്ര ഒഴിച്ചതാകേലോ കുറ്റക്കാരൻ വന്നു എന്തോ പുറോയിൽ ഒഴിച്ച മതി നിക്കാരോഹിച്ചാൽ വന്ന ഈ മാൻ സഹീഹാണ് അതോടൊപ്പം നിസ്കാർച്ചതാകേൽ പാർട്ടിക്കണം അപ്പൊ നെതർ എന്നുള്ളൊരു വളത്തിലാണെന്ന് ഫുറോയ്യാത്തില സൂളിയാത്തിലല്ല ഇമാന്റെ സിഹത്തിനാവശ്യമായി ഉസൂലിയാത്തല്ല നെതിർ ഇമാന ഉറപ്പിച്ചതിന് ശേഷം ഇമാ വർദ്ധിപ്പിക്കാനുള്ള പുറയായവ്ക്കുമ്പോൾ എക്കുക ആ സിഹത്ത് ഈമാനി ഇമാ സഹി അവരോടുകൂടി തന്നെ വരാനായി ആസിയൻ ആസിയായി നെളുതള്ളും എങ്ങനെയുള്ള നെവറ് അൽ മൂലീഫത്തിൽ ചേർക്കുന്നത് ഇപ്പൊ ഇപ്പൊ തക്ലീദിലേക്ക് ചേർന്നിട്ടില്ല മോചിബിലാത്തത് കൊണ്ട് തക്ലീദിലേക്ക് എത്തിയിട്ടുള്ളൂ ഓരോ മാരിഫത്തിലേക്ക് എത്തിക്കണം മോചിബിൽ ആ മോചിബിലുണ്ടാക്കി തീർത്തൽ ഇവിടെ മുജു കൊണ്ടോ അപ്പം തളുപ്പൻ നവർ കൊണ്ട് കുറ്റക്കാരനാകും എന്നതാണ് ബഹുമത് സഹീ അവിടെ സഹീമിലെടുത്തുകൊണ്ടുള്ള സഹീ അതാണ് ചുരുക്കത്തിക്ക് ഓരോന്തായി അക്കായുൽമാനം ജസുമും മുത്താദത്വം ബാക്കിയെല്ലാം വന്നിട്ട് ഓന ഓന ശരിക്കും ഉറച്ചി ആ ജസ്മിന്റെ ഒറ്റ മുക്കല്ലതായ ആട് വെയിമാറിയാൾ ഇവനെ ഉറച്ചിരിക്കൂ ബാർഫിന്റെ മാതിരി ബാർഫ് തെറ്റായി രീതിയില് പഴകെ പറഞ്ഞവരെ സിമെന്റ് ചോരാൻ പാടില്ല വാർപ്പിന്റെ കാലങ്ങളുടെ അട്ടിക്കളഞ്ഞപ്പോ സിമെന്റ് അടക്കം പൊട്ടിയിട്ടാകുന്നു അപ്പൊ എന്താ ഇല്ല വാർപ്പ് തെറ്റായിട്ടില്ല എന്നാ മനസ്സിലായേ നമുക്ക് വേണ്ടത് പാറത്തിന്റെ പല കട്ടിയാലും വാർപ്പ് ഉറപ്പായിട്ട് അപ്പൊ മുക്കല്ലതാകുന്ന അടിയ പലകൾ ഉണ്ടല്ലോ ആ പരകൾ തട്ടിക്കളഞ്ഞാലും ഇവൻ ഇമാനാകുന്ന വാറപ്പ് അല്ലെങ്കിൽ നീരിൽ വേണം എന്നാ ചതി പാർട്ടി നമ്മൾ മുത്താതിക്കായിട്ടുണ്ട് തനിയായല്ലോ ഏതുർ വാജിപാണോ ഇല്ലയോ ഈ പടി കൊണ്ട് മതിയാക്കണോ അല്ല അതിനപ്പം നെഗറു നടത്തണോ ഇല്ലയോ നെളു പോറിയായ വാജിപാട്ടിൽപ്പെട്ടതാണ് അത് ഒഴിച്ചാൽ ഓ കുറ്റക്കാരനായ തനിയും അത് ഇവിടുന്ന് കിട്ടി ക്രമം ആരും തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആണ് വാജിപ് എന്നാ പറഞ്ഞത് വാരിപ്പത്ത് എന്താണ് മോചിപ്പ് വേണം മോചിപ്പുണ്ടാകണം തെരീരുവാണം എന്തായാലും ആ വാരിപ്പത്താണ് വാജിബൂന്ന് എല്ലാ മക്കളുടെ പിന്നെ വാജിപ്പ് അപ്പൊ വാജിപിനെച്ച കുറ്റക്കാരനെ അവിടെ أبلن أبلن أولان أولا أبني خلية وهذا يعني بالحظة للنظرة المقابلة على أولا أولا يقول أليا في explicitlyUNT حسنا حسنا حسنا حسنا حسنا قماDB ترته حسنا وقيل وقيل وَرُئِيَ أَنَّهُ لَا يَكْفِي أَنَّهُ مُكَافِلَ الْبَندَتِهِ عَادَ تَصْنُو عَلَى مُكَافِلَا إِذْ خَفِيلٌ أَنَّهُ يَكْفِي مُكَافِلَا يَكْفِي لَا يَكْفِي لَا يَكْفِي نَرَى إِيمَانُ الَّذِي لَا نُؤْمِنُ فَهُوَ مُقَلِّدٌ كَافِرٌ وَلَا مُقَلِّدٌ عَاصِرٌ إِنَّهُ شَكَّ إِيمَانُ الَّذِي مِنْ كَافِرٌ لِيَأْ وَقِيلٌ أَنَّهُ يَكْفِي إِنْ كَانَ الْقُرْآنُ وَالسُّنَّةُ الْقَطْعِيَّةُ ഖുർആാനിനെയും കത്തിനയ്യായ സുന്നത്തുകളെയും തക്കരയിലാക്കി കഴിഞ്ഞാൽ സഹ്യാവൂന്ന് മതിയാവും അല്ലേ ഫീൻ അതുറും അതിനെതിരുണ്ട് കാരണം ഖുർആാന സുന്ദരം തകരീലാക്കണമെങ്കിൽ തഫസീലിന്റെയും നല്ലൊരു ഇമാമിന്റെ സഹായില്ലാതെ കണ്ട ഹിരാക്കിയ നാതിന് മാത്രം കുറച്ചാൽ ഇന്നത്തെ അധുർമ്മ ഉണ്ടാ ഇങ്ങനെ വരും എന്ന് ചോദിക്കുമോ അപ്പൊ നാതിന് തക്കറിയിലാക്കിയ ഭയക്കുഴപ്പം കൂടി ഞാനുണ്ട് വഴഹബ മാലുഹും ചിലര പോകും നീലാ തരീമിൻ നബിയുന്നവരെ പറില്ല ഒറ്റ പോട്ടലവല്ല നേരും ഒന്നും പറ്റൂല അന്ന് നമ്മ എന്തോ ഇടാൻ പറ്റില്ല ഇപ്പോ നേരെ വെറ്റൂല അതാണ് ജന്നഹും അമിന്നത്തുൽ മുഖീസി സുബഹി വൽ ലാലി ওর പറയുന്നു സുബഹത്തുൽ വലാല ലക്ക പോറ്റിട്ട് ആനദല്ല കൊണ്ടി പോകും നേരെ ചെയ്യാൻ പറ്റില്ല ഒരു നടനെ തിരിമ്പി തൂല അതിനു വന്ന് വരയിച്ച ബിഷീൻ ആ മാ മതഹബുൽ ബാന്നുണ്ടല്ലോ അത് ഒരു മണ്ണാകട്ടിയല്ല അപ്പിൽ നിൽക്കോ ഈടെജൂദൂല പിന്നിഫാന്റെ മാത്രം താഴോണിക്കുന്നേ ഉള്ളൂ അതെയോ ആ അനാമാ ദുഃഖിറാണ് തഫ്സീൽ അല്ലുഷിന്റെ മേൽ കഴിവുള്ളത് അത് അനാമാല്ലി കോനിബൻ കിഫായൻ ഫൊറ കിഫായുള്ള വാജിബിന് ഇല്ലത്താണേ നീൻകാക്കാൻ വഴി ഫറു കിഫായൻ വാജിബാണെന്ന് പറഞ്ഞത് ഹുസ്വാമി എന്നുള്ളത് എങ്ങനെ സൗരദ്ദീന കോലാണീന്റെ കാക്കലെങ്ങനെ ഹത്തുകളെ തടുക്ക ഇതിന്റെ പ്രതിപക്ഷ ലക്ഷ്യം ഉണ്ടാവല്ലോ ഇസ്ലാമിനെതിരെ വൻമറാ ഉദ്ദേശം ഇങ്ങനെ ഉണ്ടി കൈ ഇങ്ങനെ പുറത്താക്കുന്നല്ല ഓടുകൊണ്ടുവരുന്ന വാദഗതികളെ തള്ളിക്കളയിലും ബാത്തിലാക്കലും തള്ളിക്കളയിലും ബാത്തിലാക്കലും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇങ്ങനെയാക്ക മറ്റേ തേക്ക് കയറി കെട്ടി ചിപ്പായ്ക്കിരടി ഏ نظر الله أنه بحمل أن سؤال المقبل حاسله هل ذكرت المعرفة آدم؟ قر ذكرت المعرفة آدم المعرفة لفرنج وما يتعلق بها آدماء بعد ذلك فتكارين ربما النوائنا بأريباً لم أردين فهما قال الله فعل يكتفى بالتقليد أو لا تقليد وقلنا مدي آسان بجوة حسوة لينا جوجيا فعجاب بما ذكر آيانا أمر ولي وردنا കൗലിൽ കൈരി എന്ന് പറഞ്ഞാ കയ്യന്റെ കൗലെന്ന് പറഞ്ഞില്ലേ ആ കൈറ് ആരായിരിക്കണം അമ്പിനാക്കളല്ലാത്ത ആള് എന്നാ ഉദ്ദേശം അതാണ് ഞമ്മ പണ്ടേ പറഞ്ഞത് അസഹാഭിമാരുടെ ഈ മാൻ എന്തല്ലക്കലിയിലല്ലാതെ പണ്ടു പറഞ്ഞാൽ തുറുമ്പുണ്ടാ വരുന്ന വരുന്ന ബഹുബ ആ കയ്യർ ആരായിരിക്കണം കൈറു മാനസോ മീൻ നബി അല്ലാത്ത കയ്യറ ഉദ്ദേശിക്കുന്നു എന്നാലും റക്കളിന്ന് വീരുള്ളൂ മാനസവമായ നബിയാണോ വിശ്വസിച്ചതെങ്കിലും അത് അച്ഛന് തന്നെ കൃത്യല്ലേ പിന്നെ അപ്പൊ അമ്പയാക്കട യുമാനൻ ഇത് സഹാബത്തിന്റെ അയ്യമാനെന്തല്ല തക്കളീതിയ അയ്യമാൻ എന്ന് പറയൂല നേരെ കേന്ദ്രത്തിൽ നിന്നല്ലേ വാങ്ങുന്നുവാമി മാസുവൊരാളവക്കൽ കേൾക്കൽ ഹാരി ഹയാ ആയാത്തിന്റെ കാലത്ത് തന്നെ ഫലാസമ്മ തക്കളീതനെ തക്കരീതല്ല പേര് ബലുവം ആരീപ്പത്തുമ്മ തീക്കുന്ന കൊടുക്കണ്ട് അപ്പൊ സഹാപത്തിന്റെയും മാനം മിനിമം പരിപാടി കത്തലിയിൽ നിന്ന് മേലെയുള്ള പടിഞ്ഞാറുന്നത് കണ്ടു പറഞ്ഞത് കൊണ്ടേക്ക് ആ ഇത്തായി കാണാണ്ടൊന്നും മുണ്ടൂല അയാത്തിന് ശേഷം പിന്നെ എങ്ങനെ മാറ്റവും വന്ന സ്വപ്നത കാണല സ്വപ്നം തെളിവാക്കുകയും ചെയ്യണല്ലേ അപ്പോൾ ഇൽമുൽ നറോറിനെ പാതയും നെറോറി ആയലുമായിട്ട് മാറും എന്നാണ് ഇവർക്ക് നിറയെയും കൂടിയല്ല പക്ഷേ ആവത്തേ പെടുന്നുള്ളൂ യത്തി കാണും യക്കളത്തിനായാലും മനാമന്ത്രി ചേർത്തുള്ളത് യക്കളത്തിക്കാണെങ്കിൽ റുക്കൂതലാവാത്തു പോകണമെന്ന് എന്ന് പറഞ്ഞുകൊക്കെ ഉറക്കത്തിന് ഉറക്കത്തിൽക്കൊന്നുമില്ല റുക്കൂതിൽ ആവാസത്തെ പോകുന്നു ഒരു സാധനത്തിലേക്ക് പറ്റ മുസ്തേഖരിക്കൽപ്പം കൊണ്ട് പൂണ്ട് പിടിച്ചിട്ട് മറ്റുള്ള എല്ലാം പനാതാണ് ചുറ്റുപേണ്ടത് എക്ലത്തിൽ തന്നെയാകാം ഉറങ്ങിയിട്ടില്ല എന്നറിയാം പനാമത്താമ്പ് പോകണം പനാമത്താമ്പാണ് ശരിക്കും എന്നാണ് എക്ലത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിന്റെ ഉക്കാബാണ് മാത്രം താമമായ പരാതി എന്ന അവസ്ഥ ഇവരുടെ മുറിച്ചറിയില്ലല്ലോ പെയ്യും കാലം മുറിച്ചാലും അറിയില്ലല്ലോ ഇല്ല വക്കത്തതിന് ഐതിയ കുഞ്ഞില്ലേ ന്യൂസിഫാ അലി ഇസ്ലാമിനെ കണ്ടപ്പോ ആരാ കൂട്ടറല്ലോ പരാമുട്ടാമല്ലേ വന്ന് പരാമ വന്ന വപ്പോ പലന്മാർനവു അക്കബർന്നവു വക്കത്ത ഐദ്യ കുഞ്ഞു أنا فناندا فلاندا يبا يقول لهم أي كيف فناندا فلطفنا حتى عن فنائك إنهو نارم فنائي غايل إن الله مضوط دوما نعرف فنائي دام الله وضم مناظر وضم همم أنا فا نعرف فنائي دام الله ينب اللي قدر بلا آه قدر قدر من الله فنائي مشلاء قد توقيت بي وَلطفنا حتى عن فنائك إنه عن البقائف إن ذاك تراه ماذا؟ نعم تقليل بيدهول الله تقليل نعم هذا هو هالك مقلدني جادي ما يتقاض أنه نمتع شمده بحيث الأورد مقلده لا يرجح مقلد بفتح الله وإكرام مقلده محتمين شنو دل له ورمارجالي ورمارجالي سيخي وطالة مريد ورولون الله അതിലെ അനാസിത്ത കുമാരൻ ആറ് കൌലുകളാണാകെ ഉള്ളത് ദക്കറ ശാരിഹമിന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അർത്ഥ ദൗത്യം കൊടുക്കേണ്ടി വരും പറഞ്ഞു എന്നാൽ ശെറയിൽ ശാരീഹ പറഞ്ഞു ശരീന്നല്ലേ ആ അവിടെ നയിക്കിനി അഞ്ചെണ്ണം പറഞ്ഞു അഞ്ച് കോലി ഷറകു <kritic language> ി തറക്ക സാദിഷ്ഠൻ ആറാമത്തൊന്ന് ഊപ്പറ് വിട്ടിട്ടുണ്ട് എന്താ നേരത്തെ നടുർ ഒഴിവാക്കല് കൊണ്ട് ഓ കുറ്റക്കാരനാകും എന്നാണ് പറഞ്ഞു കൊടുത്തിരുന്നത് പക്ഷാളെ ചെയ്ത് കൊടുക്കാറുണ്ട് നടുന്റെ അഹിലാണെങ്കിൽ അല്ലെ ശേഷം തന്നെ നമുക്ക് മറുപടി കൊടുക്കാം മൂപ്പറു മൊക്കെ അതാക്കി അതിലാണെങ്കിൽ അതിലില്ല വരാന്നല്ലേ അതിന് എന്തെങ്കിലും വിധത്തിലോ നെഗറിന്റെ അതിലല്ലാത്ത ആളുണ്ടാവുമോ നെഗറൊന്നെങ്കിൽ ഇജുമാലാകാലോ തസ്തിയിലാകാലോ തസ്തീലോ അല്ലാത്ത അതിലല്ലാത്ത നെഗറ ആ കിലല്ലെന്നാ പറയുന്നു അവ സാധിച്ചാൽ കൊണ്ട് പ്രകത്തിയില്ല അത്ര പൊട്ടം ണോ എന്നാൽ ആക്കിയ കുറ്റക്കാരനാവും എല്ലാ പല കുറ്റക്കാരനാവുന്നതല്ല ബഹുൽ മറ്റം വന്നു അതാ മറ്റു സഹീമാനുൽ മുക്കല്ലി സഹീഹൻ സഹീഹാൻ ഹിലാഫിൻ അബി ഹാഷിമിൽ ജുബ്ബായിൽ ജുബക്കാരൻ അബു ഹാഷിമുണ്ട് അവിടെ ജുബക്കാരനാശില്ലാന്ന് ആ അയാള് പറയുന്ന അൽ കാഹിരേ അയാള് നൊടിയു കാറോൻ മുക്കല്ലിത് കാസിൽ എന്നാ പറയുന്നു ബഹുൽ ദുഹാദ നമ്മി പറഞ്ഞ എല്ലാ കൗരുകളും ചേർത്തേക്ക ഭിന്നൃളിമ ഇന്തള്ളത്തിൽ ആസരത്തിൽ ആസരത്തിൽ അന്നാലടുക്കിലേക്ക് ചേർത്തിട്ട് നമ്മൾ വിരിയെല്ലാം പറയുന്നു നേരം ദുഞ്ഞാവിലേക്കാ ദുഞ്ഞാവിലേക്ക് നിങ്ങൾ മുക്കല്ലിദായ പോലും എല്ലാം പോലും നോക്കണ്ട നിങ്ങൾ മുസ്ലിംമാര് കണക്കാക്കും ബോട്ട് കിട്ടുകയും ചെയ്യും പിന്നെ മുസ്ലിമായപ്പോൾ ഇനി കത്താനും കഴിയൂ പള്ളി കയറ്റുകയും ചെയ്യൂ പിന്നെ വിച്ച പുളിപ്പിക്കുകയും ചെയ്യും എല്ലാം നടക്കുന്നു നിങ്ങൾ മുക്കല്ലിലായുപോലും മുക്കല്ലിതെല്ലാം പോലെ മന്ദു ഏത് അപക്ലേ ചെയ്യാൻ നിർക്കുള്ളൂ എനിക്ക് ഒന്നും പറയുന്നില്ല ദുഞ്ഞാവിളി പൊമെന്നക്കം വിശഹാറത്തെ ഇപ്പൊ മുസ്ലിം ഇത്തി വിശഹാരത്തിന് മുൻതേ ഉണ്ട് നിങ്ങൾ തകലീതാക്കിയെടുക്കേണ്ടില്ല ഈ ജാതിമാൻ തിരക്കേണ്ട എഴുജാതിമാർക്കുള്ള ഞങ്ങൾ മുസ്ലിമായി കണക്കാക്കും എന്നിട്ടോ ഒറ്റ ജിരിയാനി അയക്കാൻ പണ്ട് മുസ്ലിം നിങ്ങളെ അക്കാമല്ലോ നടത്തിയും ചെയ്യും കേട്ടാ അപ്പം ചോദിക്കും دنو اور اور اور استانے اور اوری اور وقولهم اپول متکلم یہنگے باروٹتےندلو فی تعاريف الایمان ایمان نے تعاريف لی ہوا حدیث النفس تابع للمعرفه معرفت نے اور تابعไอ کون حدیث النفس ماروٹندلوا اذه معرفت واہ ആ മാനീപത്തിന്റെ പുറമെന്തോണം അതിനോട് കാപിയായിട്ട് ഒരു അതീ തന്നീ പറഞ്ഞതെല്ലാം എനിക്ക് ഇതിറാക്കായി ഇനി ഞാൻ ഇത് ഉറപ്പിച്ചിരിക്കുന്നുണ്ടാക്കണം മനസ്സൂര് ഒരു പാസ്വാസാക്കണം ഇതുപോലെ കാലത്തു എന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങൾ എല്ലാം തെരഞ്ഞു വണ്ടിയെല്ലാം പിടിച്ച് കൂട്ടിക്കൊണ്ടാണ് പൂമാലിട്ട് കോട്ടയെല്ലാം പിടിച്ചു പള്ളിയിലിരുത്തി കിടക്കുന്നിരുത്തി ഇതൊന്നും കാലത്തിന്റെ അപകലായിട്ടുള്ളൂ അതിന് പുറമെ ഞാൻ തന്നൊരു കൊച്ചിന് പോട്ട് പോലെ ആ തീവരാണല്ലോ അല്ലെങ്കിൽ കാലത്താവില്ലല്ല എന്നു പറഞ്ഞ മാതിരി ഇതുവാക്കും ആ ജസുമെല്ലാം ഒത്താമൊക്കത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ ആയി വന്ന് ഇതെല്ലാം തന്നെ പത്തിരിച്ചടി വരെ വന്നിട്ടുണ്ടോ ഇനി അതിനോട് താബേലെന്തോണോ ഗുക്ക് ഒരു കപിൽ ക്യൂ പോണോ എന്ന് പറഞ്ഞ മാതിരി ഹദീഫൻ ലഫ്സ് പോണോന്നാന്ന് പറയുന്നു ആരിഫത്തിനോട് താബിയായിക്കൊണ്ട് ഒരു ഹദീഫൻ ലഫ്സ് പോണോ ഇതാ ഈ പറഞ്ഞതിൽ അസ കുത്തു എന്ന് മനസ്സ് ഒരു പാസാക്കുന്നു ഏ അപ്പം നിങ്ങൾ പറഞ്ഞ കാണിക്കാണെ അതൊന്നും നിങ്ങൾ മാത്രമല്ലല്ല മറ്റുള്ള ആൾ വാങ്ങിത്തോടി അദീസിൻറെസ് പോകാവുന്ന നിങ്ങൾ പറഞ്ഞിട്ട് കാണുന്നില്ല എന്തുകൊണ്ടുള്ളൂ അൽ ഇതുറാക്കോ അൽ ജാതിമോ അൽ മൊത്താബിക്കോ ലിൽ വാക്ക് അദീസിൻ്റെ എവിടെ അപ്പം മഹാന്മാർ പറഞ്ഞൊന്നും നിങ്ങൾ ഒഴിവാക്കിയില്ലേ അതിന് പറയുന്നത് അത് മഹം പോലും ചുമത്തപ്പെടണം അലൽമാനെ പറ്റിയാണ് ഓറ് വന്നത് നമ്മുടെ താരീഫ് തന്നെ പറ്റിയുള്ളൂ ഖിക്കാദിന് ശേഷം ഹദീസുൻസി തക്കീദിനെ ഷാമിലാക്കൂ എന്നാ പറയും അസന്തൊപ്പെന്ന് പറഞ്ഞത് ആ മാലിപ്പത്തിനോട് ആണ് കാമിനായിമാനെ പറ്റി പറഞ്ഞത് മതി എന്ന് പറഞ്ഞല്ലോ അതനുസരിച്ച് ഫാൽബുൻ നെതുറു നദുറു വാജിബാണോ എന്ന് വെച്ചാൽ ിയായ ഉജൂബാണ് ഇസ്താറം നോമൂത്ത് അജ്ഞ മുതലായ പുറോഹയ്യായ ഉജൂബാണ് ആ പുറോഹയ്യായ ഉജൂബാണോ നെതർന്ന ബുദ്ധി ഏ സഭാവം കാണി അഹലിയത്വങ്ങളിൽ അമല നെതിർന്ന അഹലിയത്തുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ മുത്തരക്ക അയച്ചു ആ മുത്തരക്കിനെ കൈതുകൊടുത്താന്ന് ആര്യ സാരി എന്താക്കിയത് ഒന്ന് വിട്ടിട്ടുണ്ട് എന്നോട്ട് കൈതുകൊടുത്തില്ല അഹലിയത്തുണ്ടെങ്കിൽ കുറ്റക്കാരനാകും കൊല്ലാ പല അതുകൊണ്ടാ ബിനാഅന്നല അന്നക്കുല്ല മുഖല്ല അതുകൊണ്ടാണ് അലിയത്തുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എന്നാലും നല്ലൊരു മാധ്യമാണെന്നല്ലേ പറയുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടാവണേ അതാ അന്നകുല്ല മുക്കല്ലപ്പറ്റി അലിയത്തു ദലീലും ജുമലി ഇജുമാലിയായ ദലീലിന്റെ അലിയത്തെ എല്ലാ മുക്കല്ലപ്പിനും ഉണ്ടാവുന്നതാണ് അപ്പൊ അവന് അലിയത്തുണ്ടോ ഇല്ലോന്നും തപ്സീൽ വരേണ്ട ആവശ്യമില്ല ഇജുമാലിയായ ദലീൽ തപ്സീലല്ലേ കഴിഞ്ഞേക്കോ ആ ഇജുമാലിയായ ദലിയിലെന്ന അലിയത്തെ എല്ലാവർക്കും ഉണ്ടാകും ഇല്ലാത്ത ഒരച്ച ബുദ്ധിമാനുമാക്കിണ്ട ഉല ആ ഉല ആ ഉലാജിരു പൽമുക്കല്ലിരു കാറിനല അന്നൽ മാരിഫത്ത വാജിപത്തും സൂലികണ്ണ മാരിഫത്ത് എന്നുള്ളത് ദലിയിലടക്കം മനസ്സിലാക്കൽ ഉസൂലിയായ ഉജൂബാണെന്നാണ് മരി ബുദ്ധി പറഞ്ഞില്ലേ ഇത് കാതു കാണാം ജാസിമ് വേണം മുത്താഫത്ത് വേണം മൂജിബും വേണം ഇന്നലെ വാരിഫാവുന്നു അവരിയിലടക്കം ഉസൂരിയായ കുജൂബാണ് എന്ന് വെക്കുമ്പോൾ ഉസൂരിലേക്ക് താഴാറുള്ളത് ദരിലില്ലാത്തോണ്ട് തിരിഞ്ഞുണ്ടാപ്പ വഹാദൽ കൗലു ഈ കൗരഅാഷിമുംബായി മാറ്റൽ തിരിയാന്നയാളു എന്താ വടക്കറ സനു സി ഓനൂസി തങ്ങൾ മണ്ണുബാഹൂ വടക്കറഹു ഈ കൗലിന കുഫ്രാമിൻ്റെ പോലുണ്ടല്ലോ സനുസി മാമിന്റെ ആദ്യത്തെ പോലും അങ്ങനെയായിരുന്നു അവിടെ കുബ്രാന്ന് പറഞ്ഞ ഊപ്പർക്ക് മൂപ്പറ മൊത്തനുണ്ടല്ലോ സനുസിയാ അതിൽ ചെറിയ സെറാകം വലിയ ചെറാഹുണ്ട് ആ കുബിറ ബീലാ ആ അതിൽ മൂപ്പറ അതാ ഷാഡ്യം കൂടി പറഞ്ഞത് കാപ്പുറം നേരം തന്നെയാണ് പൊറോട്ടായി പിന്നീട് ഊപ്പർ മീൻമാറങ്ങി പറയുന്നുണ്ട് അവിടെ ഐഫ് േ ആയത്തിനെയും മദീത്തിനെയും തക്കലീതാക്കാന്ന് പറയും അതങ്ങനെ ലാഹുലങ്ങ് വിട്ടുകൂടാതിന് എതിലുണ്ടെന്ന് പറഞ്ഞു തക്കലി ലാഹിറൽ കിത്താബിസുന്നത്തിന്റെ ലാഹിറ മാത്രം തക്കലീതാക്കൽ മീൻസൂറിൽ ഖസറിലേക്കാ പോകുക എന്ന പറഞ്ഞു സൗഖാ ഇത് പിടിച്ചിട്ട് നിങ്ങണ്ടാക്കേണ്ടത് മുത്താക്കിട്ടൊന്നും ഞാൻ മാനങ്ങളിലെടുക്കുന്നു വൈകുണ്ടമിംഗിനുള്ളിൽ ആഫിലാണ് അത് ഇന്ന ആഴ്ച തെളിവ് പോരാം പറഞ്ഞുപാടാൻ പറ്റില്ല നിങ്ങൾക്ക് ഏറ്റവും മാതിരി ഇല്ലത് അതോ അങ്ങനെ ഉണ്ടാവും വ്യാഖ്യാനം കൂടാതെ ഞാൻ മുഴുവൻ ഉള്ളത് പറയാൻ തന്നെ കാരണം വല്ല ആരെങ്കിലും അവർക്ക് നിങ്ങൾ പാതിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും തലവുകൾ മാത്രം തക്കല്യാക്കി അവിടത്തേക്ക് എത്തുക മുത്തശാബിനെ പിടിച്ചിട്ട് ബഹുബല്ലത് ഹിസ്സമായി മൊക്കീലാകും കൊണ്ട് വന്ന അവരുടെ സമാധി അറിഞ്ഞ് ഹിസ്സമായി ഹില്ലറിഞ്ഞു അറിയുമ്പോഴാക്കി മക്കാന്റെ സുബൂത്താക്കൽ വന്നിട്ടുണ്ട് പിന്ന അലൽ അറ ശിസ്തവാന്ന് പറഞ്ഞു അറസ്റ്റിന്റെ മേലും മക്കാന സുഭൂത്താക്കന് വന്നു തക്കനീര ഇതെല്ലാം ആഴത്തിലേക്ക് ചേർത്തിച്ചു ഇനി ഹരീസ പറഞ്ഞു വക്കത്തക്കനീത് എന്തിനുറമ്പുന പുല്ല സമയത്തുന്യാണല്ല ഹരീസിന് വേണ്ടിയുള്ള രീതി പറഞ്ഞു ഇതെല്ലാം മാഹിതം മാത്രം തകരീതാക്കിയതാവും കാലം എഴുതിപ്പോക്കാന്ന് അതങ്ങന്റെ തക്കനീക പറ്റൂല വലൈസഭിഷൻ എന്ന് പറഞ്ഞില്ലേ ഇത് തക്കനീത് ഒന്നും തിരേവായില്ല എന്ന് പറഞ്ഞു അവ ഒന്നല്ല അതൊന്നല്ല എന്തൊക്കെയോ തകറിയിൽ ഇരൽ മാരിപ്പത്തി നെളു കൊണ്ടാണല്ലോ തക്കറിയതിൽ നിന്ന് മാരിഫത്തിലേക്കൊരു മനസ്സിലത്തലി പഹുവ അവ യുതിയിൽ ശുഭഹ എല്ലാ ശുഭഹാത്തിനെയും തീർത്തു തരികയും ചെയ്യും പക്ക ഇപ്പ യുവഹ പിന്നെങ്ങനെ ശുഭഹാത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന് പറയിൽ മാത്രമല്ല വലി ഗുറോതിൽ അമ്പി ബിഹി ഇത്ര നേരം പറഞ്ഞ എന്താ അക്രീയാ ഇത് ലൈറ്റബിഷ് എന്നെ അക്കലിയാദിലാണ് കൊടുക്കുന്നത് നെന്തർ പാടില്ല എന്ന് പറഞ്ഞവർക്ക് നെന്തറുകൊണ്ട് ഒരു ശസ്സുണ്ടാക്കും അക്കലിതിൽ നിന്ന് ആയുധത്തിലേക്കെത്തും എല്ലാ ശുഭഹാർത്തിനെയും തീർക്കലാണ് ഉണ്ടാവുക ഇത് ശുഭഹാർത്തിൽ കടക്കലെങ്ങനെയെന്ന് അതിന് അക്കളിയാതിലാ പറഞ്ഞു അക്കലിയാതിരയിൽ പറയുന്ന വലിയ വെറുവതില്ലം ഡി ബിഹി നെതറ് ചെയ്യാൻ വേണ്ടി അമ്മാനെ കല്പിനിയില്ല ഇതെങ്ങനെ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോഴാണ് ഇരൽ ഇബിലിപ്പൂലിക്കൊത്ത് قال الغزالي رضي الله عنه اصرف اصرف الطائفه بتفريط بيته في امم المسلمين قد المسلم اذا كافر اكووند ورطائفه والله اسراف நடத்திட்டு وهو وازع ابو هو بادكن ان منم ياريق لقائده الشرعيه شرعيه يا قائد اللي अरيات औरत ان ارجنت بالله بالادله التي حرمها ഇവർക്ക് അനീറാക്കുന്ന രീതിയിലുള്ള ദലീലും മുഖേന അൻദലീലിന് എന്തെങ്കിലും ദലീലും അറിയുന്ന ഞാൻ പണ്ട് ജൗനിയോ കുട്ടികളൊക്കെ ഉണ്ടാ അതിൽ ജാസിമുൽ മുതാഫിഖുൽ അൻദലീലിൻ നക്കിറാക്കി റ്റാണ്ടി അനിദലീലിനല്ല എന്തെങ്കിലും ദലീൽ ഇജ്മാലിയാവാ തഫസീലു ആകാം അക്കലിയുമാവാ നക്കലിയുമാവാ ഇനി മറ്റുള്ളവർ അനീറാക്കിയ ദലീലല്ല ഇവനിക്ക് സ്വന്തം പകര ഫോമിലുണ്ട് ഇതൊക്കെ കണ്ടെത്താൻ നെലും മതിയല്ല ഓണത്തിന്റെ ഭാഗത്തൊക്കെ തീർത്താൻ ഒരു സ്വന്തം ആയിട്ടൊരു സുലൂ ഉണ്ട് ആ സുലൂബിൽ കൂടി അവൻ പോകും നെലമിച്ചു എന്തൊക്കെ നെലീലാകൊണ്ടു അപ്പൊ ഇവരെ തട്ടി ഒരു കുട്ടിച്ചേരുന്ന പ്രത്യേകമായ നരിയിലുണ്ടല്ലോ ആ നരിയിൽ കൂടി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ മനസ്സിലായില്ല എന്ന് പറയുന്നത് വല്ലാതെ കടങ്ങുകയായി പോയി അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ പോവ കാ ഇസ്രാത്തിന്റെ വാദമായി പോയി അവർ അള്ളാഹുദീന്റെ വിശാലമായ റഹ്മത്തിനെ കുടുക്കി വരാം ഇതുവരെ മുത്തക്കല്ലിമീങ്ങൾ ഇപ്പൊട്ട കുറച്ച് പാർട്ടിക്ക് മാത്രം പോകാനുള്ള ഒരു കൂടാരാണിപ്പോ ഇന്നത്തെ മറ്റേ ഗുപിത്തം പറയും പോലെ ഓർത്തു പറയുന്നു هل يمكن أن تكون مرحلة؟ أصبح مرحلة أمور هذا هو مرحلة أمور هذا هو مرحلة أمور أمور ابن ربي رضي الله وَرَيُنُّ أَكَثَامُ الْإِيمَانِ خَمْسَةٌ إِيمَانِ دَ أَكَثَامُ عَنْ جَنَّمُ دَ إِيمَانُ تَقْلِيدٍ أُنْرُدِ وَهُوَ مَنْ أَخَذَ اللَّقَائِدَ عَنْ شَيْخِينَ وَرِيْخِينَ دَ وَكَلِنَ أَقَائِدَ بُرِيْشَدُك وذا زمان بها من مع غير معرفه دليل دليل لا جدم بل جدمنا يا قيد اعون له اذاء ايمان تقليد وايمان علم اذاا رند ايمان علم ونما معرفه القادر بالادله فيها دليل ادكم او انت جتن بطي قودي وهذا من اهل علم اليقين من اهل واره قطلانون ها അപ്പം ഇവടെ ഇൽമുൽ ജക്കീലെ പടി വിജ് സാധാരണ ഇൽമുൽ ജക്കീ എന്നുള്ളത് തക്ലീൽ എന്നും അനുൽ ജക്കി എന്നുള്ളത് ദലീൽ എന്നും ഹപ്പുൽ ജക്കി എന്നുള്ള എന്തിനാണ് പറയല് മൂപ്പുറപ്പ് രണ്ടാം പടിയാണ് ഇവിടെ ഇൻമുൽ ജക്കീനാക്കിയത് തക്ലീന്റെ മേലെ ഈ രണ്ട് കിസ്മുകാറും സാഹിബുഹുമ രണ്ടിന് നീ സാഹിബ് മഹജൂബുൻ കശ്മീരത്തൊട്ട് മഹജൂബാണ് അവര് അവർക്ക് അശ്വട്ടിട്ടില്ല എന്തായില്ലേ ഈ മാനും അയ്യാനിന് മൂന്നാമത്തെ അയ്യാനാണ് ബഹുവം ആരിഫത്തു വാഹിത്താലി മുറാ കൽബി കൽബിന്റെ മുറാക്കബം മുഖേന അള്ളാന്റെ ആരിപ്പത്ത് കിട്ടി ഇപ്പൊ പലായ കൈബ് റബ്ബുഅൻ ഹാത്തിന് ആയിൽ റബ്ബ് അവിടെ തൊട്ട് ഒരിക്കലും മറഞ്ഞവരല്ല ഹാത്തനെ തൊട്ട് ഒരു കണ്ണുനിങ്ങുന്ന സമയം പോലും മറഞ്ഞവരല്ല بل هيبته في قلبه الله نبتي ربي الهيبه انت قلبه يبقى انت كانه يراه وهو مقام المراقبه وعين اليقين الان مراقبه ومقام نورين عين اليقين ومقام نورين ايمان حق هذه دول دي 4 وايمان حق ما الان دي 3 دي 4 وايمان حق يمان وحكاً بحجر رؤية الله تعالى بقلبه قلب قنطانا نكانو انه يارم نيرت مراكم وقترين من ديتولو و هو معنى قوله اللارف ير الله في كل شيء انما نين بياك شانم عالف إلا وسططلهم الله نكانم انما نعنى لانهم قنو وندقانم من نارتتين الله ير الله بقلبه نفر نينو وعية الله نلام وهو مقام المساعده وحق اليقين ومشاهده مك... حق اليقين ارتقى في سبع وطايب هذا المقام هي مقام الذاهب والذي قبله ادنى من قبله ادنى مقام يستدل بالحق على الخلق حق موجنا الخلق المدريلوكيا ஆனന്നാണ് അറിയുന്ന ഹക്കിലെ ഹക്കായ الله ഉള്ളതുകൊണ്ട് അവന്റെ മൽക്കണ്ട് നിങ്ങോട്ടവരും അവസാനത്ത് അഞ്ച് ഈ മാറു ഹട്ടി കത്ത് പറഞ്ഞത് കൊണ്ടുള്ള സക്രുമാണ് ഇല്ല അയ്യാഹു അപ്പൊ ആരും ഓനക്ക് പിന്നെ എന്താക്കില്ല ബലി ഹൽക്കില്ല എനിക്ക് ഹലക്കില്ലല്ലേ മധുരൻ അനുകൻ വെറുക്കനെ പോലെ واجك في باهرين ور قدمه وني ولم يرنه صاحلا اياك كدغملا كدغمتا قدمه وني على وادي يجيل امن برقام ينائمون ابن ذريل لا ولا مضر دليل مضر એટલે દરીલ مضر એટલે નેરત વર્તંડે والذى قبله يثدل بالحق على الخلق بالحق على دليل ارى الخلق على مضرودي അതിന് മുമ്പുള്ള ആളുകൾക്കോ ബിൽഹൽഖ് അനൽ ഹക്കാം അവർ ഹൽക്കാർ ദലീല് അവിരോധ ഈ മക്ാമിന് ഈ പറയപ്പെട്ട ദലീലും മധുരം തമ്മിൽ പുറക്കാറുണ്ടാവൂല ദലീൽ എന്ന് ഉണ്ടെങ്കിൽ ദലീല അടിസ്ഥാനത്തിലാവേണ്ട മവിനോദി ദലീൽ പിന്നെ മധുരോധം ഉണ്ടാവൂലല്ല അത് ചെറുത്ത് ആ ദലീലില്ല മധുരമില്ലാ അപ്പൊ ഈ അഞ്ച് നേടാ നമ്മക്ക് വേണ്ടത് والواجب على الشفعه هذول قسمين اللبنيي الاولى شفعه واجب الاولىന്നും രണ്ടും ഇസ്മോൽ പട്ട ഏറ്റവും الاولى വമ്മ തനാസത്തുൽ ഖറ ഔസാനത മുഉനിലേ അദ ഫഹൂന റബ്ബാനിയത്തു യഖസ് ബിഹാ മൻ യശാ മിൻ ഇബാദിഹി റബ്ബാനിയായ প্রত্যেক ഔルুমാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മൻ യശാനെ প্রত্যেকമാക്കുന്ന ഔルമൂൽ പട്ടടാവുന്നോ റയപ്പെട്ട അൽമാരിഫത്താണ് നേട്ട അൽമാരിഫത്തിനെ പറ്റി പറഞ്ഞിട്ട് അതാണ് മുക്കല്ലഫിന്റെ മേലിൽ ആദ്യം മാറ്റി മാറ്റിപ്പാകുന്ന കാര്യം കാറുണ്ട് കക്കാത്തുണ്ട് പല പല കാര്യങ്ങൾ ഒന്നാണ് കക്കരിപ്പ്ണ്ടല്ലോ അതിൽ നിന്നെല്ലാം അരളിത്തിലാത്ത അവരി മേൽപറയപ്പെട്ട ആ മാരിഫത്താണ് ഇത് അതിന് കാരണം എന്താ പറഞ്ഞത് വലിയ ഒരു വാജിബാത്തിന് ഒട്ടുമൊക്ക പത്ത് നിന്നാണ് ഈ ഹാമശേഷം വരാൻ പോകുന്ന എന്ത് വാജിബാത്ത ഉണ്ടോ അതല്ല ഈ മാരിഭത്തിൽ ഇപ്പുറള്ളതാണ് അതെന്തെങ്കിലും വാക്കിന് തോന്നു കഴിയില്ല ആരിക്കുന്നു ആര് കൊണ്ടേക്കിരിക്കുന്നു അല്ല هذا ليدان آال المكاللفين ورنى ذكرًا أولم stop صرحي عنا يالمسجي فربنا يالمسجي ابنا يالمسجي الر��ility يالمسجي إنسان يالمسجي جينا يالمسجي يهدي مكاللفين وهذا هو الحق هذا من نيان حق هذا من يجن فلا قبط قول وارد حيث ن sprayed من ذلك البلء cent هذا الفضأ എത്തിട്ടത ആളെ ആ ഒറ്റ കൗലും അതാണ് അപ്പുറം പറഞ്ഞിട്ടുള്ളത് തീരയോ കൗലൊന്നും അന്നപ്പുറം പറഞ്ഞിട്ടില്ലല്ല ചെറു മുക്കാബിന്റെ കൗലുണ്ടല്ലോ ആക്കവാലൻ കൊറേ കൗലുണ്ട് നോന്യ പത്താനം കിട്ടൂ തീരാണെന്നു ആദ്യമായിട്ട് നെബറാണ് നെബലിൽ കൂടിയ മരത്തിലെത്തുന്നുണ്ട് ചിലത് പറയുന്നു ചില കാര്യങ്ങൾ പ്രസിദ്ധീപാൻ നെതിർ സീക്കരുന്നവര് നെദറുകളിലാണെങ്കിൽ മാരിപ്പെട്ട് കിട്ടുന്നത് അപ്പൊ മാരിസത്തിന്റെ മുമ്പായി നെതിറ വാസിച്ചു അപ്പൊ നെബുറിൽ കൂടി മരിച്ചതിന്റെ ജെസ് ഉണ്ടാവും രണ്ടാമത്തെ നിന്നുള്ള ആദ്യത്തെ ജുസ് കാണുക ഉദാഹരണത്തിന് ആരമ കൊണ്ടാ തെളി കുടിക്കുന്ന ആരമ് ആദ്യം ഇതുണ്ടാക്കണോ ആനമ് ഹരിക ആലമ ഹാദിത്തായത് കൊണ്ട് ഹാരി താഴ്ന്ന ആടമണ്ണി ഉണ്ടാക്കി തീർക്കുന്ന വ്യക്തൻ ഉണ്ടായി കൂടിയാണ് അപ്പൊ ആഴം ഹാരി കാണുക എന്നുള്ള പദമാണ് ആദ്യത്തെ അതിന്റെ അഭ്യർത്ഥിച്ചത് രണ്ടും കൂടെ കുടുംബരെന്നെവിടന്ന് ആ അത് അഭ്യരുത് അപ്പൊ ആഴം ഹാരി കാണുകയും ചെയ്യാനാണ് ഓരോ അഭിവ മൂന്നാമത്തെ കൗടി അതിന്റെ കത്തുവിനെ ഈ നെഗറിലേക്കുള്ള കത്തുവെക്കലാണ് പത്ത് വെച്ചതിന് ശേഷം ഇന്നലെ ഉണ്ടാകേണ്ട രീതിയുള്ളൂ ആ പത്തിന്റെ നിയന്ത് ചെയ്യാനല്ല എത്ര അതിനപ്പുറം ഉണ്ടെന്നോര് അച്ചക്കു ഏതാണ് ഇവിടെ ഒരു ആനമുണ്ടോ ഇല്ലയോ അത് ഇസ്കാലം ഉണ്ടാക്കാൻ പോലും ഇസ്കാലം ഉണ്ടാക്കിയിട്ട് അപ്പൊ ആ ഇസ്കാലം ഉണ്ടാക്കലോ കുടുംബം ഉറപ്പിക്കുണ്ട് അതാരാ പറഞ്ഞാല് ി അഭിഹാസ്യമൊരു ജുബാലിയാണ് ജുബക്കാരനായ അബിഹാസിമുണ്ട് അയാളെ ഓടാണ് അയാൾ അവിടെ സിക്മ പിടിച്ചത് നമുക്കൊന്നും കോടി പറയണോ എന്താണ് വക്കീല ഉള്ളത് അന്മക്കുടി ആളൊക്കെ ആദ്യമായി കണ്ടിട്ട് ആദ്യം മരല്ലൊക്കെ അതിനുശേഷം ബാക്കിയെല്ലാം നോക്കാം വക്കീല പറഞ്ഞു തന്നാൽ അ തലീതു ഏതെങ്കിലും ഒരു മുലാറപ്പോൾ തക്കീതാക്കി പറ്റുണ്ടോ തക്കലീതക്കൂടാ മറ്റൊരു തീരേണ്ടത് അഹദു അമ്പനി രണ്ടാമൊരു കാര്യം പോണോ തകലീനോ മാരിപ്പത്തോ രണ്ടാടൊന്നുണ്ടായാമേ തക്കലീദിന് ശേഷം മാറിപ്പത്തി പോവാണെന്നോ അതും പറഞ്ഞാണ് തകലീലോ എങ്ങനെ രണ്ടാമൊന്നുണ്ടാക്കുണ്ടോ വക്കീല പറയുന്നത് ആ തപർവകോണി നെളിരി നെഴുര ചെയ്യാൻ വേണ്ടിട്ട് മറ്റുള്ള ജോലി തിരക്കെല്ലാം മാറ്റി നിൽക്കുക എന്നാണ് വേണ്ടി തമ്മിൽ കണ്ടെത്തുക അങ്ങനെ നീ തപർവോ എന്ന് പറഞ്ഞാൽ എന്താ അഭിമാനം തർപ്പിച്ചതാകന് അതാ മറ്റുള്ള ചൂടുകളൊക്കെ ഒഴിവാക്കി നിർത്തുക അതിനാവശ്യമായി വക്കീല മറ്റൊരു കയ്യിലുള്ള നീട്ടിക്കാതെ മുഴുവൻ ാണ് എന്ന് ഏറ്റുകാരുണ്ടായിക്കോട്ടേ നാരിപ്പത്തിലേക്ക് എത്തിക്കാൻ നെഗറുകൾ ഇച്ചിരി ബക്കീരത്തിൻ നെഹലുകാർക്ക് മാത്രം നല്ല നെറോറി ആവുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും ഇല്ലാത്ത നെഹലിയല്ലേ നെഗറുന്ന ബക്കീരത്തിൽ നെഗറൊത്തിക്കലേക്ക് ആവശ്യമുണ്ടെന്ന് വണ്ടേ പറഞ്ഞിട്ടുണ്ട് ആണ് നെഗറു വാജിബാണ് എന്ന ഏറ്റുകാരി ഇരിക്കട്ടെ അതാണ് ആദ്യത്തെ വാജിബൂർ വക്കീല പറഞ്ഞ ഈമാനാണ് വാജിബ്